ൂപന്താവനമൈഭവം തം നരം വപുഷിപ്പുഞ്ജരം മുഖേ മന്മഹേക്ക് തുന്തിലം മഹ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരഹം ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവ്യാപ്തേഹ ദക്ഷിണമൂർത്തമധ്യം നി കരചരണം നമഗോത്രം നൂത്രം നോജാതിന് വർണ്ണത്തി പുരുഷോ നംസം നീ നം നൈകാരം നി ജനിമരണം പുണ്യം നാപം തം നോ തും സഹജ സമരസം സദ്ഗുരും തം നമാ സദാശിവസമാരംഭാ ശങ്കചാര്യമധ്യമാസ്മദാര്യപര്യം വന്ദേ ഗുരുപരംപരാ മൗനവ്യകട്രഹ്മം യുവാനം വർഷിട്ടാ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ ആചാരീന്ദ്രം കരകലിതചിന് മുദ്രമാനന്ദമൂർത്തി സ്വാത്മാരാമം മുദം ദക്ഷിണമൂർത്തിമീടേ വേദന്ഭാസകയേ ശാത്തവാദിന്ദ്രസംഗീന്ദ്രവ്യ മോഹധ്വാന്തവാകരായത്പാഭിതം ബിഭ്രേ തസ്മൈ ഭാഷ്യമോസ്തു സൂർണ്യ ബോധാത്മന അപാരസിത്സുഖവാരിരാശേ യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്തീനം ഹൃദയ ചിന്തയാഹം മൃണ്മയവ്ജടാത്മകഹം ബുദ്ധിർന്ന ഹം തുക്തിസമയേ സിദ്ധാത്മസദ്ഭാവത്ത കൂഹം ഭാവയു കുതോ വരദിയ ദൃഷ്ടത്മനിഷ്ടാത്മന സോഹം സ്ഫൂർത്തിതയാ അരുണാചലശിവർണോ വിഭാതി സ്വയം കരുണപൂർണസുധാബ്ധേകബളിതഘനവിശ്വകിരണാവലിയ അരുണാചല പരമാരുണോഭവ ചിത്തകുവിസാ രുണാചലസം ഭൂ സ്ഥിവാ പ്രലീനമേതം ഹൃദ്യഹമത്മതയാൃത്യോ തേ വന്നിഹൃദാമ അഹമിതി കൂത ആയാതീയന്വിഷ്യന്ത പ്രവിഷ്ടയാമലധിയാ അവഗമ്യ സ്വപം ശാമ്യരുണാചല നദീവാബ തഷയം ബാഹ്യം രുദ്ധപ്രാണന രുദ്ധമനസന്ത പശ്യത്തിരുണാചല ി മഹീയം തേ ്യർതമനസം പശ്യൻ സർവൃതയാ സതകം ഭജത്തെ അനന്യീ സജയത്യുണാചല ി സുഖേ മഗ്ന ശോണപ്രഭം സോമകലാവതം പാണിസ്ഫുത് പഞ്ചശലേക്ഷുചാണപം നൗമു പനാകാണേ കോണത്രയസ് കൂലൈവതം നഹം നമിയാമീനലേഖാലുന്തളാ ഭസണസുധാനദീ ചൂടോത്തം സിതചന്ദ്രചാരുക്കലി ചഞ്ചക്ഷിഖാ ഭാസ്വരോ ലീലാദഗ്ധവിലോല കാമശലഭശ്രേയോദാഗ്രേ സ്ഫുരൻ അന്തസ്ഫൂർജതപാരമോഹതിരപ്രാഗ്ഭാരാടയൻ ചേട്ട സദ്ഗിനം വിജയത്തെ ജാനപ്രദീപോഹരം ഭോജവദുജേ സിധി സിധി കാരചന്ദ്രസമാനക്കാതിവദിരാജസ്തു മൂക്കാമപരധുനീകാശവാഗൈഭവം ശ്രീകാഞ്ചനഗരീവിഹാരോകീ സ പുണ്യപരംപരാ പശുപത്തെ ആകാരിണീ രാജത്തെ യോന്ത പ്രവിശ്യ മമവാച ഇമാം പ്രസുപ്തം സഞ്ജീവയത്ലശക്തിധരസ്വധാ അനാശഹസ്തരണവണത്ഗാദീൻ നമോ ഭഗവത്തെ പാർട്ടോധിത ായണേന സ്വയം വ്യസേന ഗ്രഥിതം मध्ये महाभारतं। മഹാഭാരതം അദ്വൈതമൃതവർഷിണം ഭഗവത്തം അാദശാധ്യനീം അംബ ക്നുസന്ദ ഭഗവത്ഗീത നമോസ്തു വ്യാസവിശാലുദ്ധേ ഫുൾാരവിന്യ തേത്ര യാതൈലൂർണ പ്രജ്വാലി ജാനമയ പ്രദീപ പ്രപ്പന്നിജാ തോത്രവേത്രൈകാണീ ജാനമുദ്രാ കൃഷ്ണ ഗീതമൃതദുഹേ നമ ദോധാഗോനന്ദന പാർോവത്സുധീർഭോക്തം ഗീതമൃതം മഹതി വസുധേവസുതം ദം കംസാണൂരമർദനം ദകീ പരമാനന്ദം കൃഷ്ണം വേ ജഗദ്ഗുരു മൂക്കം കരോളം പങ്കും ലംഘയത്തെ ഗിരിം യത്മഹം വന്ദേ പരമാനന്ദമാധവം യണേന്ദ്രദ്രമരുത സ്തുവൈസ്തവൈ വേദൈ സാംഗപദക്ോപനിഷദൈർഗായം സാമഗാധ്യാസ്ഗത മനസാ പശ്യിനോ യം നദുസുരാഗണ പാർസാരഥി ശ്രാവയ ശുഭം ഗിരം പാർയാർത്തിഹരോ ദഹമൂർത്തിന സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം എന്നാണ് ആചാര്യസ്വാമികൾ ഗീതയെ വിശേഷിപ്പിക്കുന്നത് അതിൽ പതിനാറാമത്തെ അധ്യായത്തിൽ ദൈവാസുരസമ്പദ് വിഭാഗയോഗം അതിലാണ് നമ്മളിപ്പോൾ ഈ വർഷം പ്രത്യേകമായിട്ട് അതാണ് എടുത്തിരിക്കുന്നത് മതം എന്നൊന്ന് വേദാന്തം എന്നു മറ്റൊന്നും മതം പൊതുവെ സമൂഹത്തിലെ ഭൂരിപക്ഷ ആളുകളും അംഗീകരിക്കുന്നതും ഞങ്ങളിതിൽ ഉൾപ്പെടുമെന്ന് അവകാശപ്പെടുന്നതുമായ ഒന്നാണ് അതിനാണ് നമ്മൾ മതം എന്ന് പറയണത് റിലീജിയൻ വേദാന്തം എന്ന് പറയണത് ഭക്തി ജ്ഞാനം കർമ്മം കർമ്മയോഗം ഭക്തിയോഗം ജ്ഞാനയോഗം എല്ലാം വേദാന്തത്തിൻ്റെ ഉള്ളിൽ പെട്ടു വേദാന്തം എന്ന് വെച്ചാൽ അദ്വൈതമോ ഏതെങ്കിലും ഒന്നും മാത്രമല്ല വിശിഷ്ട അദ്വൈതം ദ്വൈതം എല്ലാം വേദാന്തമാണ് എപ്പോഴാണോ ഒരാൾക്ക് നമ്മൾ സമൂഹത്തിൽ സാധാരണ വിളിക്കുന്ന മതം എന്ന് പറയുന്നത് തൃപ്തിയാകാത്തത് കാരണം മതം നമ്മൾ ചിലതൊക്കെ വിശ്വസിച്ചാൽ മാത്രം മതി അമ്പലത്തിൽ പോയി തൊഴുതാ മതി നമ്മൾ എവിടെ നിൽക്കുന്നു അവിടെ തന്നെ നിൽക്കാം നമ്മളിൽ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ബ്രഹ്മവിദ്യ വേദാന്തം ഗീത ബ്രഹ്മവിദ്യയുമാണ് യോഗശാസ്ത്രവുമാണ് അത് ആർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് വെച്ചാൽ ഈ മതം പോരാ മതം എന്ന് ഉണ്മയായ അർത്ഥത്തിൽ സ്വാമി വിവേകാനന്ദൻ പറയണത് religion is the manifestation of perfection that is already in man. മനുഷ്യന്റെ ഉള്ളില് എപ്പോഴും ഉള്ള പൂർണതയെ ദിവ്യത്വത്തിനെ അറിഞ്ഞ് അഭിവ്യഞ്ജനം ചെയ്യണതാണ് മതം എന്നാണ് പക്ഷെ അതൊന്നും നമുക്കിപ്പില്ല സത്സംഗത്തിലേക്ക് വരുമ്പോ ഭഗവത്ഗീത കേൾക്കാനോ ഭാഗവത സപ്താഹത്തിനോ ഭക്തിജ്ഞാന മാർഗങ്ങളിലേക്കോ ഒരു ആശ്രമത്തിലേക്കോ വരുമ്പോ പൊതുവെ നമ്മൾ ജിജ്ഞാസുക്കളായിരിക്കണം എല്ലാരും അങ്ങനെ എടുക്കാൻ പറ്റില്ല നമ്മളെ ജിജ്ഞാസുക്കളായിരിക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് ജീവിതത്തിനൊരു ഉയർന്ന ഉദ്ദേശമുണ്ടെന്നും ആത്മജ്ഞാനമാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്നും ഭഗവത് സാക്ഷാത്കാരമാണ് ജീവിത ലക്ഷ്യമെന്നും അറിഞ്ഞിരിക്കണം ആ ലക്ഷ്യം മുമ്പിലുള്ളപ്പോഴാണ് സത്സംഗത്തിന് എന്തെങ്കിലുമൊക്കെ പ്രയോജനം അല്ലേ ആശ്രമം എന്ന് പറഞ്ഞാൽ അതിനാണല്ലോ ആശ്രമം സർവസംഘ പരിത്യാഗികളായ സന്യാസികള് ആശ്രമമൊക്കെ തുടങ്ങണത് ഈ ഗൃഹസ്ഥന്മാര് പതുക്കെ പതുക്കെ അധ്യാത്മമാർഗത്തിലേക്ക് വരുമോ എന്നുള്ള പ്രത്യാശയം കൊണ്ടാണ് ഗൃഹസ്ഥന്മാര് പലപ്പോഴും നമ്മൾ ചെയ്യണത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഗൃഹസ്ഥാശ്രമത്തിലുള്ള ചില പ്രശ്നങ്ങൾക്ക് ഇവിടെ വല്ല പരിഹാരമുണ്ടോ എന്നാണ് നമ്മളെ അന്വേഷിക്കണം ഇപ്പൊ പോലും വരുന്ന വഴിയിൽ ഒരു അമ്മേന്റെ അടുത്ത് ചോദിച്ചു സ്വാമി ജോത്സ്യനാണോന്ന് ചോദിച്ചു ഒരു ഭാവം ഇവിടെ നടക്കണ സംഭവം ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ ആത്മജ്ഞാനമാണ് വിഷയം നമ്മളുടെ സകല ദുഃഖത്തിനും മൂല അജ്ഞാനാണെന്ന് വേ ആയുർവേദം പറയണത് കപം വാദം പിത്തം എന്ന് മൂന്ന് കാരണം പറയും എല്ലാ രോഗത്തിനെയും ചുരുക്കി കൊണ്ടുവന്നവര് ത്രിദോഷങ്ങൾ എന്ന് പറയും വേദാന്തം പറയണ ഒരു ദോഷമാണ് ഏകൈവ ദോഷ ഒറ്റ ദോഷം എന്താ ദോഷം എന്നുവെച്ചാൽ അജ്ഞാനം എന്നുള്ള ദോഷം ഭഗവാൻ മുൻപ് തന്നെ ഇത് നിരൂപിച്ചു ആളുകൾ ഭഗവാനെ വെറുതെ കുറ്റം പറയുകയാണേ കൃഷ്ണനെയാണ് കുറ്റം പറയണത് നമ്മൾ ചെയ്യുന്നതിനൊക്കെ ആരും ഭഗവത്ഗീത പഠിക്കാൻ തയ്യാറല്ല പക്ഷെ ഭഗവത്ഗീത എല്ലാവർക്കും അറിയാം എല്ലാരെയും എളുപ്പത്തിൽ ഉദ്ധരിക്കുന്നത് ഗീതയാണ് ഈയിടെ പോലെ ഒരാള് പറഞ്ഞു ഗീതയിൽ കൃഷ്ണൻ എന്താ പറഞ്ഞിരിക്കണെ അവരവരുടെ ഡ്യൂട്ടി ചെയ്യാനെന്ത് തോന്നിയ മാസാണ് എന്റെ കർമ്മം എന്ന് ഞാൻ കരുതിയിരിക്കണോ അത് ചെയ്യലാണ് ഭഗവാൻ ഗീതയില് പറഞ്ഞിരിക്കുന്നത് എളുപ്പമാണ് ഭഗവത്ഗീത പിന്നെ ഈ ഗീത സന്ദേശം എന്ന് പറഞ്ഞു കൊറേ വീട്ടുകാർ വാങ്ങി വീട്ടിൽ ഒരു സാധനം ഒട്ടിച്ചിട്ടുണ്ട് ഒന്നും നീ കൊണ്ടുവന്നിട്ടില്ല ഒന്നും കൊണ്ടുപോകാൻ പോണില്ല ഒക്കെ വിടുന്ന് കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞു കൊറേ സാധനം അതിനും ഗീതയ്ക്ക് സംബന്ധമില്ല ഇതൊക്കെയാണ് നമുക്ക് ഭഗവത്ഗീത ഇയാള് പറഞ്ഞു ഗീതയിൽ ഭഗവാൻ എന്താ പറഞ്ഞ അവനവന്റെ ഡ്യൂട്ടി ചെയ്യാം അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞു ഭഗവാൻ അങ്ങനെ ഒരു അബദ്ധം പറഞ്ഞിട്ടേ ഇല്ല ഭഗവാൻ നിനക്ക് ഒരു ഡ്യൂട്ടിയും നർത്തൃത്വം നർമാണി ലോക സൃജതി പ്രഭു നർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തത ഭഗവാൻ പറഞ്ഞത് നിനക്കൊരു ഡ്യൂട്ടിയും ഒരു ഡ്യൂവർഷിപ്പും ഒന്നും ഈശ്വരൻ വെച്ചിട്ടില്ല ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തിട്ടേ ഇരിക്കുകയുള്ളൂ ഇന്ന് രാത്രി മരിച്ചുപോയാ ആ ഡ്യൂട്ടിയും നമ്മളുടെ ഡ്യൂട്ടി കഴിഞ്ഞവരെ യമൻ നിൽക്കുമെന്ന് യമൻ നമുക്ക് എഴുതി തന്നോ ഗ്യാരണ്ടി ഒന്നുമില്ല കർത്തൃത്വം കർമ്മവും ഒക്കെ തന്നെ അജ്ഞാനം കൊണ്ട് സ്വയമേവ തന്റെ തലയിൽ ആരോപിക്കുകയാണെന്ന് അജ്ഞാനേന ആവൃത്തം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവ സകല ദുഃഖത്തിന് മൂല കാരണം ഈ ചുമട് ഞാനാണ് തൂക്കുന്നത് പല്ലി വിചാരിക്കത്ര കൂര വഹിക്കുന്നത് ഞാനാണെന്നാണ് ഒരു അസോസിയേഷൻ ഉണ്ടാക്കി ഈയിടെ കേട്ടു ഞങ്ങൾ നിഷ്കാമ്യമായി ചെയ്യുന്ന കർമ്മം ആരും അംഗീകരിക്കുന്നില്ല ഇങ്ങനെ തന്നെ അവഗണന തുടർന്നു പോയാൽ ഞങ്ങൾ കൈവിടും എന്നാണ് നിങ്ങളുടെ ഫ്ലാറ്റും അപ്പാർട്ട്മെന്റും ഒക്കെ ചുവട്ടിൽ വരുന്ന ഞങ്ങൾ കൈവിട്ടു കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമ്മളുടെ സംസാരത്തിലുള്ള അഭിമാനവും ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ലോകത്തിൽ കാര്യമൊന്നും നടക്കില്ല ഞാനാണിത് മുഴുവൻ നടത്തുന്നത് ഞാനില്ലെങ്കിൽ ഇവിടെ എന്ത് കാര്യം നടക്കും എല്ലാരും അങ്ങനെയാ വിചാരിച്ചിരിക്കണത് നമുക്കൊരു വഴിയുണ്ട് എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് തോന്നുമ്പോ ഇടയ്ക്ക് കാര്യമൊക്കെ അവിടെ ഇട്ടിട്ട് ഒരു പോക്ക് പോവുക നമ്മുടെ അബേദാനന്ദ സ്വാമി ആശ്രമത്തില് കാര്യങ്ങൾ ചിലപ്പോ കൊടുമ്പിരി കൊണ്ട് അടുത്ത ദിവസം സ്വാമിജിയെ കാണില്ലാന്നാണ് അവർ എവിടെയാണെന്ന് തേടിയിട്ട് ഒരു പിടിയും കിട്ടില്ല ചിലപ്പോ ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും തിരിച്ചു അതാണ് മുക്ത പുരുഷന്മാരുടെ ലക്ഷണം എന്ന് വെച്ചാൽ അവർക്കൊരു കർതൃത്വവും ഇല്ല ഒന്നും ഞാനാണ് ചെയ്യണമെന്നുള്ള ഭാവമില്ല ഈശ്വരൻ നിയതിയിൽ എവിടെ ഇട്ടു അതൊക്കെ ചെയ്യും എവിടെയെങ്കിലുമൊക്കെ കുഴപ്പം വരണമെന്നുണ്ടെങ്കിൽ അവിടെ ഇട്ടിട്ട് പോകും അത് ഭഗവാന്റെ കർമ്മമാണ് നമ്മളുടെ കർമ്മമൊന്നുമല്ല അവർക്ക് തലയിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല ഇടയ്ക്കൊന്നും ഇട്ടിട്ട് പോയാൽ നമ്മളില്ലെങ്കിൽ വീട്ടിൽ കാര്യമൊന്നും നടക്കില്ല എന്ന് തോന്നുമ്പോ ഇടയ്ക്കൊന്ന് ഇട്ടിട്ട് പോയാ തിരിച്ചു വരുമ്പോ കാണാം നമ്മളാണോ കുഴപ്പക്കാരോ എന്നറിയും കാര്യൊക്കെ വെടുപ്പായിട്ടുണ്ടാവും ഒക്കെ വെടുപ്പായിട്ടുണ്ടാവും വൃത്തിയായിട്ട് നടക്കുന്നുണ്ടാവും അപ്പോഴാണ് അറിയ നേരത്തെ ഇട്ടിരുന്നു എങ്കിൽ നന്നായിട്ട് നടന്നിണ്ടാവും ന കർത്തൃത്വം എന്ന് വെച്ചാൽ കർമാണി ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തത സ്വഭാവം എന്ന് വച്ചാൽ അജ്ഞാനം തുപ്രവർത്തക അജ്ഞാനത്തിനെയാണ് ഭഗവാനുടെ അജ്ഞാനം അഭിജാതമ്പതം ആസുരീം എന്ന് പറഞ്ഞല്ലോ ഈ ആസുരീ സമ്പത്തിന്റെ ലക്ഷണം തന്നെ എല്ലാം ഞാനാണെന്നാണ് ആ ലക്ഷണം അതാണ് ആ അഭിമാനമാണ് സകല ദുഃഖത്തിന്റെയും മൂല വൈറസ് ഇപ്പോ സൂക്കേടിനൊക്കെ ഒരു മെഡിക്കൽ സയൻസിൽ അവർ പറയണത് ഒരു വൈറസ് വന്നിട്ടുണ്ട് ചിക്കൻകുനിയ വൈറസ് പുതിയ പുതിയ എന്തൊക്കെയോ പേര് അതിന്റെ വൈറസ് വന്നിട്ടുണ്ട് കമ്പ്യൂട്ടറില് വൈറസ് ഞാൻ ആദ്യം കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ പുഴു കയറണമെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെയാണ് മനസിലായത് നല്ലൊരു എക്സ്പ്ലനേഷൻ അതിന് ഒരാൾ പറഞ്ഞു ഒരു ചെറിയ മിസ്ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ കടത്തിവിട്ടാൽ എല്ലാ സിസ്റ്റത്തിനെ മുഴുവൻ കേടുവരുത്തുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇതാണ് ഇപ്പൊ നമുക്കും കുഴപ്പം പറ്റിയിരിക്കുന്നത് ഒരു ചെറിയ മിസ്ഇൻഫർമേഷൻ ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണ് ഞാനാണ് എല്ലാം ചെയ്യണത് ഈ ജീവാഭിമാനം എന്നുള്ള ഒറ്റ മിസ്ഇൻഫർമേഷൻ സിസ്റ്റത്തിന് മുഴുവൻ ഇൻഫ്ലുവൻസ് ചെയ്യാണ് സ്വാധീനിക്കുകയാണ് ആ ഒരു അജ്ഞാനത്തിനെ നീക്കം ചെയ്യൽ മാത്രാണ് വളരെ സിംപിളാണ് കാര്യം പക്ഷെ നമ്മളുടെ ബുദ്ധി വളരെ ജടിലമായതുകൊണ്ട് ഈ സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിനെ വളരെ ജട്ടിലമാക്കി തീർക്കും അജ്ഞാനേനതു തദ് അജ്ഞാനം യേഷാം നാശിതം തേഷാം ആദിത്യവജ്ഞാനം പ്രകാശയത് തത്പരം ഭഗവാൻ പറഞ്ഞു ജ്ഞാനം കൊണ്ട് ആരുടെ അജ്ഞാനാണോ നീങ്ങിയിരിക്കുന്നത് സൂര്യനെ പോലെ ആദിത്യവത്ത് സൂര്യനെ പോലെ ജ്ഞാനം അവർക്ക് സ്വരൂപത്തിനെ അവനവന്റെ യഥാർത്ഥ സ്ഥിതിയെ ഭഗവത് തത്വത്തിനെ പ്രകാശിപ്പിച്ചു കൊടുക്കും തദ്ബുദ്ധയ തദ്ത്മാന തന്നിഷ്ഠാഹ തത്പരാണാഹം അകമേ അല്പമൊന്ന് ആ ജ്ഞാനം ഭഗവത്കൃപ കൊണ്ട് പ്രകാശിച്ചാൽ അതിനാണ് ഈ കൃപ്പ വേണമെന്ന് പറയുന്നത് അരുൾ കൊണ്ട് തായ്മാനവ സ്വാമികളുടെ ഒരു പാട്ടുണ്ട് അദ്ദേഹം തന്നെ മഹാപണ്ഡിതനായിരുന്നു തായ്മാനവർ തമിഴ്നാട്ടിലെ ജ്ഞാനികളുടെ പരമ്പരയിൽ ഒരു വലിയ മഹാപുരുഷൻ അദ്ദേഹം ട്രിച്ചിയില് വലിയ പണ്ഡിതനാണ് തൃച്ചിയിലെ മാതൃഭൂതേശ്വര ക്ഷേത്രത്തിലെ ഉച്ചിപ്പിള്ളയാർ കോയിൽ എന്ന് പറയുമ്പോ അത് വാ അവിടെ മാതൃഭൂതേശ്വര സ്വാമി ക്ഷേത്രം അവിടെ ഒരു മൗനിസ്വാമി ഉണ്ടായിരുന്നു ആ മൗനിസ്വാമിയെ കുറെ കാലം ശുശ്രൂഷിച്ചു കൂടെ കഴിഞ്ഞുകൂടി ഒന്നും ഇണ്ടിയില്ല ഗുരു ഉണ്ടാതിരുന്നു കൊറേ കഴിഞ്ഞപ്പോ ഒരു ദിവസം ഗുരു അവിടുന്ന് നാട് വിട്ട് ഇറങ്ങിപ്പോയി എവിടക്കൊന്നില്ലാതെ ഇറങ്ങി നടക്കുമ്പോ ശിഷ്യൻ ഗുരുവിന്റെ കാല് പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉപദേശിക്കും എനിക്ക് എന്തെങ്കിലും വഴി കാണിച്ചു തരൂ അപ്പൊ ചുമ്മാ ഇര് പറഞ്ഞത്ര അതാണോ ഉപദേശം വേറെ ഒന്നുമില്ല ചുമ്മാ ഇര് തായ്മാനോസ്വാമികൾ പറയേണ്ടത് ഞാൻ എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചു എല്ലാ വിദ്യകളും അറിഞ്ഞു എന്നിട്ട് വേദാന്തമൊക്കെ കുറെ ആളുകൾക്ക് പഠിപ്പിച്ചു അത്ര അദ്ദേഹം പറയണത് ഒരു സന്തോഷവും സമാധാനവും ഉണ്ടായില്ല എനിക്ക് കാരണം കറ്റ അറിവാളുനൈനാൻ കണ്ടവൻ പോൽ സൂത് ആടിൽ കുറ്റം എന്റെ നെഞ്ചേ കൊതിക്കും പരാപരമേ പരാപരക്കണ്ണി തന്റെ സ്വാനുഭവത്തിനെ പാടുമ്പോ സ്വാമികൾ പറഞ്ഞു പഠിച്ച അറിവുകൊണ്ട് ഞാൻ ആത്മജ്ഞാനിയെ പോലെയോ ഭഗവത് സാക്ഷാത്കാരം നേടിയവനെ പോലെയോ വെറുതെ വായുകൊണ്ട് വിളമ്പാം എന്നല്ലാതെ ഉള്ളിലിങ്ങനെ കുത്തണു ഒരു സമാധാനം ഇല്ല ഗുരുവിന്റെ അടുത്ത് ചോദിച്ചു ഉപനിഷത്തൊക്കെ ജ്ഞാനം ആത്മാ ബ്രഹ്മം എന്തൊക്കെയോ പറയണമല്ലോ ഇതൊക്കെ എങ്ങനെ പ്രകാശിക്കും അപ്പൊ ഗുരു പറഞ്ഞു അരുളാലേ എവയും പാരെ റാൻ കൃപ കൊണ്ട് നോക്കൂ എന്ന് പറഞ്ഞത്രേ അരുളാലേ എവയും അത്തെ അറിയാതെ അറിവാലേ പാത്തേൻ ഇരുളാന പൊരുൾ കണ്ടതല്ലാൽ കണ്ട എന്നെയും കണ്ടില്ലേൻ എന്നടി തോഴി ഒരു സഖിയോട് പറയണ ഭാവത്തോട് പറയാണ് ഗുരുനാഥൻ പറഞ്ഞു കൃപ കൊണ്ട് നോക്കൂ എനിക്ക് കൃപ എന്താന്നേ മനസ്സിലായില്ല അതുകൊണ്ട് ഞാൻ എന്റെ ബുദ്ധി ഇങ്ങനെ അതിനകത്ത് ഇട്ട് നോക്കി ഒന്നും പിടിയിട്ടില്ല ഒക്കെ ഇരുട്ട് അവസാനം ആ ഗുരുവിന്റെ പാദം പിടിച്ചപ്പോ അവിടുന്ന് ചുമ്മാ ഇരുന്ന് പറഞ്ഞു പാർത്തവിടമെല്ലാം പരബളിയായിത്തോണ്ട് ഓർ വാർത്തൊല്ലവന്ത മനുവേ പരാപറമേ സർവത്ര തിങ്ങി വാക്കുമിടമെങ്കുമൊരു നീക്കമരനിറൈകിണ്ട പരിപൂർണ ആനന്ദമേ നമ്മ എവിടെ നോക്കിയാലും ഒരു വിഛിത്തിയില്ലാതെ ഇടയില്ലാതെ സർവവ്യാപിയായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദം ആ ചിത്സ്വരൂപം ഭഗവത് ഞാൻ ദർശിച്ചിരുന്നു ഒരേ വാക്ക് അജ്ഞാനേന് ജ്ഞാനേനതു തത് അജ്ഞാനം യേശാം നാശിതം മൂക്കത്ത് വെച്ചിട്ട് കണ്ണടയെ കണ്ണടയെ നമ്മൾ ചിലപ്പോൾ കണ്ണടയുടെ ഉള്ളിൽക്കൂടെ തന്നെ കണ്ണടയെ തരും അതുപോലെയാണ് സ്വയമേവ നമ്മള് ആ സത്യവസ്തുവായിരുന്നു കൊണ്ട് പൂർണ്ണ വസ്തുവായിരുന്നു കൊണ്ട് നമ്മളുടെ സ്വാഭാവികമായ സ്ഥിതി തന്നെ നിത്യശുദ്ധമായ ചൈതന്യമായിരുന്നു കൊണ്ട് ഈ ശരീരമാണ് ഞാൻ എന്ന് കരുതി സകല ദുഃഖങ്ങളിൽ കടന്ന് വലയണു വട്ടം കറങ്ങണു ഗുരുപ്പെന്താ ചെയ്യാൻ വേണം പുതിയതായിട്ട് നീ പൂർണ വസ്തുവാണ് നിത്യശുദ്ധമായ ചൈതന്യമാണ് പൂർണ്ണ വസ്തുവാണെന്ന് ബോധിപ്പിക്കുകയും ആ ബോധം അകമയ്ക്ക് സ്വാനുഭവമാകുമ്പോൾ അജ്ഞാനം നീങ്ങുകയും അഭിമാനം ഇല്ലാതാവുകയും അഖണ്ഡമായ പ്രജ്ഞ ശാന്തി ഹൃദയത്തിലുണ്ടാവുകയും ചെയ്യും ഈ കൃപയാണ് അധ്യാത്മത്തിൻ്റെ അനന്തമായ അനുഭൂതി കവാടം തുറക്കാനുള്ള താക്കോല് ചാവി ആ കൃപ സിദ്ധിക്കണമെങ്കിലോ ഈ ജീവൻ ഭാഗവതധർമ്മത്തിനനുസരിച്ച് ജീവിക്കണം ഭഗവാനെ എട്ടു പുഷ്പങ്ങൾ കൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു ഒരു ശിഷ്യൻ ഗുരുവിന്റെ അടുത്ത് ചോദിച്ചു ഭഗവാ ഗുരുവിനോട് ഞാൻ ധാരാളം പുഷ്പങ്ങൾ കൊണ്ട് ചെയ്യുന്നു ധാരാളം പൂജിക്കണം അപ്പൊ ഗുരു പറഞ്ഞു എട്ടു പുഷ്പങ്ങൾ കൊണ്ട് പൂജിക്കൂ അഹിംസാ പ്രഥമം പുഷ്പം പുഷ്പം ഇന്ദ്രിയഗ്രഹാം സർവഭൂതയാ പുഷ്പം ക്ഷമാപുഷ്പം വിശേഷത ശാന്തി പുഷ്പം തപഃ പുഷ്പം ധ്യാനപുഷ്പം തഥവ ച സത്യം അഷ്ടവിധം പുഷ്പം വിഷ്ണോ പ്രീതികരം ഭവേത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞില്ലേ ദൈവീസമ്പദ് ഈ ദൈവീസമ്പത്ത് ഉള്ളിൽ വളർത്തിയെടുക്കണേ തന്നെ ഭഗവാൻ പൂജ അഹിംസാ പ്രഥമം പുഷ്പം പുഷ്പം ഇന്ദ്രിയഗ്രഹൂതയാ പുഷ്പം ക്ഷമാപുഷ്പ വിശേഷ ശാന്പുഷ്പം തപഃ പുഷ്പം ധ്യാനപുഷ്പം തഥ്യം അഷ്ടവിധം പുഷ്പം വിഷ്ണോ പ്രീതികരം ഭവ് ഈ ദൈവീസമ്പത്ത് ഉള്ളില് വന്നാൽ ഉള്ളിലെ ത്യാഗം ഉണ്ടായാൽ സത്യനിഷ്ഠ ഉണ്ടായാൽ ശാന്തി ഉണ്ടായാൽ ഭഗവാൻ ഉള്ളിൽ പ്രകാശിച്ചു എന്നർത്ഥം ഒരാളുടെ അടുത്തു പോകുമ്പോൾ തന്നെ നമുക്ക് സമാധാനം ശാന്തി ഉണ്ടാവണ്ടെങ്കിൽ അതിനു പേരാണ് സത്സംഗം യോഗവാസിഷ്ഠത്തിൽ വസിഷ്ഠൻ പറയണു മഹാപുരുഷന്മാരുടെ അടുത്തു പോയി ലോകവർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോലും സത്സംഗമാണ് ലൗകികന്റെ അടുത്തു പോയി ബ്രഹ്മസൂത്രം പഠിച്ചാലും ദുസ്സംഗും മഹാപുരുഷന്മാരെടുത്ത് പോയി ലോകവർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാലും സത്സംഗമാണ് കാരണം സാന്നിധ്യമാണ് പ്രധാനം സാന്നിധ്യത്തിൽ ഈ ബലം എവിടുന്ന് വരുന്നു ദൈവീസമ്പത്താണ് ത്യാഗം വൈരാഗ്യം ശാന്തി അഭയം സത്വസംശുദ്ധി ഇത്രയും ലക്ഷണങ്ങൾ ഭഗവാൻ ഒരു വശത്ത് പറഞ്ഞുവല്ലോ അത് ഹൃദയത്തിൽ വളരും തോറും ശാന്തിയാണ് അതിനു പേരാണ് ധർമ്മം ആന്തരികമായി ഈ ഗുണങ്ങള് വളരുന്നതാണ് ധർമ്മം വളർത്തിയെടുക്കുന്നതാണ് അധ്യാത്മ സാധന തപസ് ഇത്രയും ഭഗവാൻ പറഞ്ഞു എന്നിട്ട് അതിന്റെ വിപരീതം ആസുരീ സമ്പത്തിനെയാണ് പറഞ്ഞു തുടങ്ങിയത് ദൈവീസമ്പദ് വിപോക്ഷായ നിബന്ധായ ആസുരീമത മാസുചസമ്പതം ദൈവീം അഭിജാതോസി പാണ്ഡവ ദൈവീ സമ്പദ് വിമോക്ഷായ ദൈവീസമ്പത്ത് ആർക്കുണ്ടോ അവൻ എളുപ്പത്തില് വിമുക്തനാവും രാമകൃഷ്ണദേവൻ പറയും ഒരാളില് സരളത കാണുന്നുണ്ടോ അയാള് സരളനാണോ അയാള് ഭഗവത് സാക്ഷാത്കാരത്തിന് പക്വുമായിരിക്കണമെന്ന് അറിഞ്ഞുകൂടാന്ന സരളത എത്ര കണ്ടു കുട്ടിലാണോ രാമലിംഗസ്വാമികൾ തമിഴിൽ പാടി ഉള്ളൊണ്ട് വയ്ത്ത് പുറമൊണ്ട് പേശുവർ ഉറവ് കളവാമ വേണ്ടും ഉള്ളിലൊന്ന് വെച്ച് പുറത്തൊന്ന് പറയണ ആളുകള് അവരെത്ര ജപിക്കട്ടെ എന്തൊക്കെ ഭക്തി ചെയ്യട്ടെ നടക്കില്ല എന്താന്ന് വെച്ചാൽ ഈ ദൈവീസമ്പത്ത് വളരെ പ്രധാനമാണ് ദൈവീസമ്പത്ത് ഓരോന്നായി എടുത്ത് ധ്യാനം ചെയ്ത് നോക്കണം ആസുരീ സമ്പത്ത് പറഞ്ഞത് ഹേ ആയ ഹേ ആർത്ഥം അതായത് ഉപേക്ഷിക്കാനായിട്ട് ീ സമ്പത്തുള്ളവരുടെ ലക്ഷണമൊക്കെ പറഞ്ഞു പ്രവൃത്തിച്ച് നിവൃത്തി ജനാന വിദുരാസുരാഹ ന ശൗചം നാപിച്ച ആചാരോ ന സത്യം തേശു വിദ്യത്തെ അസത്യം അപ്രതിഷ്ഠം തേ ജഗദാഹുര അനീശ്വരം അപരസ്പര സംഭൂതം കാമഹൈതുകം ഈ ലോകം എന്താണ് അവരുടെ അഭിപ്രായത്തിൽ ഇതിന് വലിയ കാര്യമൊന്നുമില്ല കിട്ടുന്ന സമയം എൻജോയ് സന്തോഷമായിട്ടിരിക്കുക അവനവന്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കാനുള്ള ഒരു മണ്ഡലമാണ് ഈ ലോകം അതുകൊണ്ട് കിട്ടുന്ന സമയം സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കാം എന്നാൽ ഇപ്പൊ സുഖമായിട്ടിരിക്കാൻ പറ്റുമോ അതും രാമകൃഷ്ണദേവന്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹം പറയണത് പ്രകൃതി ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മളെ പറ്റിക്കണത് എന്നാണ് എന്നുവെച്ചാൽ പഴയ കാലത്ത് എണ്ണയാട്ടാൻ ചക്കില് കാളയെ കിട്ടും എന്നിട്ട് ഈ കാളയുടെ മുതുകൊരു വടിയും കിട്ടും ആ വടിയും ഇങ്ങനെ രണ്ടു കൊമ്പിന്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ മുമ്പിൽ വന്ന് ആ വടിയിൽ ഒരു കെട്ട് പുല്ല് തൂക്കിയിടും അപ്പൊ ഈ കാക്ക ഈ കാള ഈ പുല്ല്പ്പ് കിട്ടും എന്ന് പറഞ്ഞ് നടക്കും നടന്നുകൊണ്ടേ ഈ പുല്ല് കാളയുടെ വായിലിട്ടേല എണ്ണയാട്ടിയെടുക്കുകയും ചെയ്യും ഇതുപോലെ പ്രകൃതി എക്സാക്റ്റായിട്ട് ഇങ്ങനെ തന്നെയാ നടക്കണപ്പോ ആളുകൾ സുഖിക്കാൻ വേണ്ടിയാണ് ജോലിക്ക് പോകണത് സുഖിക്കാൻ വേണ്ടിയാണ് പണം സമ്പാദിക്കണത് സുഖിക്കാൻ സമയം മാത്രമല്ല നേരം വെളിച്ചായ ഉറങ്ങി എഴുന്നേറ്റ് കുളിക്കാൻ പോലും സമയമില്ല പല്ല് തേക്കാൻ പോലും സമയമില്ല ഒരു റൊട്ടിക്കഷ്ണം വായിൽ കടിച്ചോണ്ട് കാറിൽ പോവാണ് പോയിട്ട് രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കൊക്കെയാണ് തിരിച്ചു വരുന്നത് ചിലര് ഓഫീസിൽ തന്നെ കിടക്കും അടുത്ത ദിവസം പണിയുണ്ടേ അത് രാവൂല്ല പകലില്ല അങ്ങനെ ഒരു തരം സമൂഹാണ് നമ്മളുടെ മുമ്പിൽ ഇപ്പോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇതിനാരു കുറ്റക്കാരെന്ന് ചോദിച്ചാൽ നമ്മളുടെ ആഗ്രഹം അതുകൊണ്ട് പുറം നാട്ടുകാർ ഭരിക്കുന്ന കമ്പനികളാണ് അവർക്കറിയാം ഇവർക്കൊന്നും നട്ടലില്ല ഇവരിപ്പോഴും അടിമകളാണ് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും ചെയ്തോളും ചെയ്യില്ല എന്ന് കൂട്ടത്തോടെ കുറെ ആളുകൾ പറയുമെങ്കിൽ വെസ്റ്റില് പോകുമ്പോ അമേരിക്കയിൽ പോകുമ്പോ അവിടെ ആരും ചെയ്യണില്ല അവിടെ വൈകുന്നേരം അഞ്ചു മണിക്ക് മേലെ ഒരാൾ ഇരിക്കില്ല അവര് പ്രതീക്ഷിക്കണില്ല ഇരുത്തണില്ല നമ്മുടെ എവിടെ ആവുമ്പോ ഇവരുടെ മുമ്പിൽ ഇങ്ങനെ പണം കെട്ടുകെട്ടായിട്ട് നിൽക്കുകയാണ് രാവും പകലും പണിയെടുത്തു ഇനിയിപ്പൊ ധാരാളം പണം കഴിഞ്ഞു സുഖിക്കാന്ന് വെച്ചാൽ ഇരിക്കാൻ വയ്യ എഴുന്നേക്കാൻ വയ്യ നടക്കാൻ വയ്യ നിൽക്കാൻ വയ്യ ഉണ്ണാനും വയ്യ ഉറങ്ങാനും വയ്യ ഇനിയിപ്പെന്ത് ചെയ്യും ചിന്താം അപരിമേയാം പ്രളയാന്താമുപാശിത്താഹ ഞാൻ കളിയാക്കുകയല്ലാട്ടോ ഇന്നലെ നമ്മുടെ കുറിപ്പ് സാർ പറഞ്ഞു വയറുകത്തലെന്ന് പറഞ്ഞു അതാണ് വയറുകത്തലാണ് കളിയാക്കലല്ല ഇത് മുമ്പിൽ കാണുമ്പോ ഋഷികൾ ഒരു വലിയ പരമ്പര ഇട്ടിട്ടു രാമലിംഗ സ്വാമികൾ പറഞ്ഞു ജോലി ചെയ്യണം ജോലി ചെയ്ത് സമ്പാദിച്ച് വേണം ജീവിക്കാൻ പക്ഷെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കരുത് വിശ്രമിക്കണം പക്ഷെ വിശ്രമിച്ചുകൊണ്ടേ ഇരിക്കരുത് ചില ആളുകൾ വിശ്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വിശ്രമം മാത്രമേ ഉള്ളൂ േരം ഉറങ്ങിയതാണോ ഉറക്കത്തിന്റെ ക്ഷീണം തീർക്കാൻ തിരി റെസ്റ്റ് എടുക്കട്ടെ എന്നുള്ള പെട്ടെന്ന് ആലസ്യം മറ്റൊരു വശത്ത് ജോലി എന്ന് പറഞ്ഞാൽ അത് ഓർക്കഹോളിക് യുക്താഹാര വിഹാരുക്തചേത യുക്തസ്വപ്നാവബോധസ് യോഗോഭവതി ദുഃഖ സ്വാമി രാമതീർത്ഥൻ എന്നൊരു മഹാപുരുഷൻ ആയിരത്തി തൊള്ളായിരത്തി അമേരിക്കയിൽ പോയ അദ്ദേഹം ആ കഥയൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കൂരിത്തെപ്പിക്കുന്ന ചരിത്രമാണ് ഒരു സന്യാസി വലിയ മാത്തമാറ്റീഷ്യൻ ആയിട്ടിരുന്ന ആള് ഇരുപത്തെട്ട് വയസ്സിൽ സന്യാസിയായി മുപ്പതാമത്തെ വയസ്സിലോ മുപ്പത്തൊന്നാമത്തെ വയസ്സിലോ അദ്ദേഹത്തിനെ നിർബന്ധിച്ച് അമേരിക്കയിലേക്ക് അന്നേക്ക് കപ്പലില് പോണം പത്ത് മുപ്പത് വർഷം മുപ്പത് ദിവസം യാത്ര ചെയ്ത് കപ്പലില് പോയി കയ്യില് പണില്ല എന്നുവെച്ചാൽ പണമെടുക്കില്ലാന്ന് ഒരു ചെറിയ ബാഗ് മാത്രം ഇറങ്ങേണ്ട സ്ഥലമായപ്പോ ഡക്കില് നിൽക്കാണ് തിരക്ക് പിടിച്ച ആളുകൾ നമുക്കറിയാലോ എറണാകുളത്തും തിരുവനന്തപുരം വരുമ്പോഴേക്കും ബസ്സിന്ന് ഇറങ്ങാൻ എന്തൊക്കെ ബഹളം നമുക്ക് അപ്പൊ ഈ കപ്പലിൽ പോയി ഇറങ്ങണവർക്ക് എത്ര തിക്കും തിരക്കുണ്ടാവും അവരെ ഇറങ്ങാനുള്ള തിരക്കിന്റെ ഇടയിൽ ഇദ്ദേഹം കൈകെട്ടി സ്വസ്ഥമായി ആകാശം നോക്കി പ്രശാന്തമായിട്ട് നിൽക്കുന്നുണ്ട് കാരണം ഇദ്ദേഹത്തിന് എവിടെ പോകാൻ ലക്ഷ്യമൊന്നുമില്ല ഇവിടുന്ന് ഇദ്ദേഹത്തെ നിർബന്ധിച്ച് പറഞ്ഞേക്കുമ്പോ ഇവിടുത്തെ ചില രാജാക്കന്മാർ ടെഹരി രാജാവ് അവിടെ എന്തൊക്കെയോ ഏർപ്പാടാക്കാൻ പറഞ്ഞു ഇദ്ദേഹം ഒന്നും സമ്മതിച്ചില്ല പണം കൊണ്ടുപോകാൻ പറഞ്ഞു കേട്ടില്ല അവരൊക്കെ പറഞ്ഞു സ്വാമി അവിടെ പോയി ഭിക്ഷ എടുക്കാൻ പറ്റില്ല സ്വാമി വിവേകാനന്ദൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഭിക്ഷ എടുക്കാനൊന്നും പറ്റില്ല അവിടെ പോയിട്ട് ഒന്നും കിട്ടില്ല സ്വാമി എന്തെങ്കിലുമൊക്കെ അറേഞ്ച്മെന്റ് ചെയ്യണം സ്വാമി പറഞ്ഞു എനിക്ക് ഒരിടത്തും പോണമെന്നില്ല ഈ ശരീരത്തിനെ ഏത് ശക്തി അവിടെ കൊണ്ടുപോകണോ ആ ശക്തി നോക്കിക്കൊള്ളുന്നു മിണ്ടാതെ നിൽക്കുക കാരണം ഇദ്ദേഹത്തിന് ലക്ഷ്യമൊന്നുമില്ല പോവാൻ ഇറങ്ങിയ കയറി കൊണ്ട് ആളുകൾ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോറിനർ കയറി വന്നു ഒരു അമേരിക്കൻ കയറി വന്നിട്ട് ഇദ്ദേഹത്തിനെ കണ്ടിട്ട് എന്തോ ഇഷ്ടം തോന്നിട്ട് ചോദിച്ചു നിങ്ങൾ എവിടെ ഇറങ്ങാൻ പോവാണോ ചോദിച്ചു അതെ ബാഗ് എവിടെ രാമന് ബാഗ് ഒന്നുമില്ല രാമന് രാമന് ബാഗ് ഒന്നുമില്ല നിങ്ങൾക്ക് പണമൊന്നുമില്ലേ രാമാൻ അവർ മണി അപ്പൊ നിങ്ങളെ ഇവിടെ ആരും നോക്കും സ്വാമി ഒന്നും ഇണ്ടിയില്ല നിങ്ങൾക്ക് ആരെങ്കിലും കൂട്ടുകാരുണ്ടോ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാനായിട്ട് ഉണ്ട് ആരാ നീ തന്നെ തട്ടിക്കൊടുത്തു രണ്ടു വർഷം സ്വാമിയെ നോക്കി വേണ്ടതൊക്കെ ചെയ്ത് കൊടുത്ത് നമ്മള് വിചാരിക്കുക നമ്മൾ നോക്കാൻ പല ആളുകളും കല്യാണം കഴിക്കണത് വയസ്സായാൽ നമ്മൾ നോക്കാൻ ആളുകളെന്ന് വന്നിട്ടാണ് അത്ര അത്രയാണ് നമ്മളുടെ ഈശ്വര വിശ്വാസം കല്യാണം കഴിക്കണത് പോലും വയസ്സായി കഴിഞ്ഞാൽ നോക്കാൻ എന്നിട്ട് അവരെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും ഇത് യാതൊന്നുമില്ലാതെ യോഗക്ഷേമം അഹമ്യഹം ശിവാനന്ദ ലഹരിയിൽ ആചാര്യസ്വാമി പറഞ്ഞു ഭഗവാനെ അങ്ങക്ക് ഞാൻ വല്ലതൊന്നും പറഞ്ഞേരണോ എന്റെ ബുദ്ധിമുട്ടൊക്കെ യോഗക്ഷേമ ദുരന്തരസ്യ സകലശ്രേയോദ്യോഗിനൃഷ്ടാദൃഷ്ടമോപദേശ ബാഹ്യ ബാഹ്യവ്യാപയ ദയാക്കവേയംഭോ ത്വ പരമാരംഗയി മേ ചിത്മരാമ്യന്വഹം യോഗക്ഷേമ ദുരന്തര ഭഗവാനെ വിളിക്കുന്നത് യോഗക്ഷേമ ദുരന്തരെന്നാണ് വെച്ചാൽ ഭക്തന് വേണ്ടി എന്താ ചെയ്തു കൊടുക്കേണ്ടത് തയ്യാറായിട്ട് നടക്കുന്ന കൃപാശക്തി സകല ശ്രേയപ്രദോദ്യോഗിന ഭഗവാൻ നമുക്ക് വേണ്ടതേ തരുള്ളൂ അച്ഛനും അമ്മയോ ഒക്കെ വേണ്ടാത്തതൊക്കെ തരും കുട്ടി ചോക്ലേറ്റ് വേണ്ടാതെന്ന് പറഞ്ഞാലും കഴിക്കൂ എന്നൊന്നു കൊടുക്കും കുട്ടി സിനിമ കണ്ടിട്ടില്ലെങ്കിലും കാണുമെന്ന് പറയും അതാണ് നമ്മളുടെ അച്ഛനമ്മമാരുടെ സ്നേഹം ചിലപ്പോഴൊക്കെ ലവ് ഇസ് മോർ ഡേയ്ഞ്ചറസ് ദാൻ ഹേട്രഡ് ചില കാര്യത്തിലൊക്കെ കാരണം സ്നേഹത്തിന് പുറകിൽ അറിവില്ലെങ്കിൽ ഇന്റലിജൻസ് ലവ് വിതൗട്ട് ഇന്റലിജൻസ് ഇസ് മോർ ഡേഞ്ചറസ് ദാൻ ഹേട്രഡ് കാരണം നമ്മൾ മറ്റുള്ളവന് സ്നേഹം കൊണ്ടാണ് ചെയ്തു കൊടുക്കുന്നത് നമ്മൾ വിചാരിക്കും ചെയ്യുന്നത് മഹാ ഡയബറ്റീസ് കാരന് സ്നേഹം കൊണ്ട് സ്നേഹം കൊണ്ടല്ലേ തരണു ഒത്തിരി പാൽപായസം കഴിക്കുന്നുവെന്ന് നിർബന്ധിച്ച് കൊടുക്കണ പോലെയാണ് നമ്മള് അച്ഛനും അമ്മമാര് പോലും പലപ്പോഴും കുട്ടികൾക്ക് ചെയ്യുന്ന നന്മ എന്ന് പറയുന്നത് അത്യധികം വലിയ ഉപദ്രവാണ് പലപ്പോഴും കുട്ടികളൊക്കെ അച്ഛനും അമ്മയും തിരിഞ്ഞു നോക്കാതെ എവിടെയോ പോയി താമസിച്ചിട്ട് ഈ അച്ഛനും അമ്മയും കംപ്ലയിന്റ് പറയണ്ടേ ഞാൻ അവനെ എന്തൊക്കെ പഠിപ്പിച്ചു എത്ര പണം കൊടുത്തു കാരണം എന്താ അറിയോ പുറമേക്ക് കുട്ടിക്ക് നിങ്ങൾ സുഖം കൊടുത്തു പക്ഷെ കുട്ടിയുടെ ഉള്ളില് ഓരോ കുഞ്ഞും ഈ ലോകത്തിൽ വരുമ്പോ മുക്തിദ്വാരമപൃതം ഭഗവാൻ പറയണത് മുക്തിക്ക് എവിടെയെങ്കിലും ഒരു വഴി കിട്ടുമോ എന്ന് എന്താ വരണം അത് കാണിച്ചു കൊടുക്കേണ്ട ഒരു ചുമതല അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ട് അത് കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടി സന്തോഷിക്കും ഡാഡിയും മമ്മിയെന്നൊക്കെ വിളിക്കുമായിരിക്കും പക്ഷേ ഉള്ളിലുള്ള അന്തർയാമി ശപിക്കും സർഫസ് പേഴ്സണാലിറ്റി സന്തോഷിക്കും ഡെപ്തിലുള്ള പേഴ്സണാലിറ്റി ദുഃഖിക്കും നമുക്കിതറിയില്ല ആ വ്യത്യാസം പുറമേക്ക് ഞാൻ കുട്ടിക്കൊക്കെ നല്ലതാണല്ലോ ചെയ്തതെന്ന് വിചാരിക്കും അകമേ ഉള്ള ആ അന്തര്യാമി അത്യധികം വിഷമിക്കും അതിന് കെട്ടുപൊട്ടിച്ചു വരാനുള്ള ഒരു സാവകാശവും തെരഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തിൽ ഇവിടെ വന്നപ്പോ അവനെ പിടിച്ച് വീണ്ടും ഗർത്തത്തിൽ തള്ളിയ പോലെയാണ് അപ്പം ഭഗവാൻ ശ്രേയപ്രദ നമുക്ക് മംഗളം തരാനുള്ള ശക്തിയാണ് ഈ രാമതീർത്ഥന്റെ കഥ പറഞ്ഞു വന്നത് മുഴുവനും രാമതീർത്ഥ സ്വാമിയെ നോക്കിയത് സ്വാമികളെ അധികൊന്നും പ്രസംഗമൊന്നും നടത്തിയില്ല എങ്കിലും അന്ന് ചെയ്ത പ്രസംഗമൊക്കെ ഇറ്റ് ദ ഓഫ് ഗോഡ് റിയലൈസേഷൻ എന്ന് പ്രകാശിപ്പിച്ചു രാമതീർത്ഥ പ്രതിഷ്ഠ അവിടെ സാക്രമെന്റോ എന്ന് പറയുന്ന നദിയുടെ തീരത്തിൽ മലന്ന് കിടന്ന് തലയ്ക്ക് കൈവെച്ച് കാൽമേൽ കാൽ വെച്ച് പ്രണവം ജപിച്ച് ആനന്ദമായിട്ട് കിടക്കും നദിയോട് സംസാരിക്കും മരത്തിനോട് സംസാരിക്കും ഭൂമിയോട് സംസാരിക്കും ആകാശത്തോട് സംസാരിക്കും പക്ഷികളോടും മൃഗങ്ങളോടും ഒക്കെ സംസാരിക്കും ജ്ഞാനിക്ക് സർവഭൂത ഹൃദയ എല്ലാം ആത്മസ്വരൂപമാണ് അപ്പൊ ഒരു സായിപ്പ് വന്ന് ചോദിച്ചു സ്വാമി നിങ്ങൾ എന്തിനായി ഏഷ്യാക്കാരുടെ കുഴുമടി ഞങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരണത്തു ചോദിച്ചു വൈ ഡു യു ഇമ്പോർട്ട് ഏഷ്യാറ്റിക് ലേസിനെസ് വേൾഡ് ലോകത്തിനോട് അല്പം ദയ കാണിക്കരുതോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കരുതോ എന്ന് ചോദിക്കാണ് അപ്പൊ സ്വാമി പറഞ്ഞു ഈ സിറ്റ് നോട്ട് that business already overcrowded logathinu nanma cheya nu parana pani ippa thane oru vaadu therku pidichirukkaan aalukal queue nikkukkaan oru ktheeratte enne vidu mattulla varodu pitti mattulla varodu daya kanikka nee aara show pitti show pitti to yourself nanu nanodu daya kanichu nanna udharichu avan avane udharikkanulla vadi kaanannallo swayam udharichu ആത്മനാ ആത്മാനം ആത്മാനം അവസാദു സ്വയം ശാന്തി കണ്ടെത്തും സ്വയം ശാന്തിയുടെ തീർത്ഥം കുടിക്കാതെ ലോകത്തിന് എങ്ങനെ ശാന്തി കൊടുക്കും സ്വയം സന്തുഷ്ടനാവാതെ മറ്റുള്ളവർക്ക് ഞാൻ നന്മയുടെ വഴി കാണിച്ചു തരാമെന്ന് എങ്ങനെ പറയും എനിക്കൊരു തൃപ്തി വരാതെ നിങ്ങൾക്ക് തൃപ്തി എങ്ങനെ തരാൻ പറ്റും അതുകൊണ്ട് ആദ്യ ശാന്തി ആ സന്തോഷം ആ തൃപ്തി പൂർണ്ണത അതിനെ തൊടാൻ അതിനെ സ്പർശിക്കാനാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് ഒരു ചാൻസാണ് ഈ ജന്മം എന്ന് പറയുന്നത് ഇവിടെ പിറക്കുമ്പോൾ തന്നെ അതാണോ ഭാഗവതം പറയണത് കിടക്കുമ്പോൾ തന്നെ ജീവൻ പ്രാർത്ഥിച്ചു എന്നാണ് ഭഗവാൻ എടുത്തു ഭഗവാനെ ഇറക്കി വിട്ടാൽ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടോളാവുന്നതാണ് ഇറങ്ങി വന്നതും മറന്നുപോയി പ്രസവഗളിത ബോധ പീഡയോലംഘ്യ ബാല്യം പെട്ടതിരി പറഞ്ഞു പ്രസവിച്ച് ചോട്ടൽ വീണതും ഗളിത ബോധ ബോധം പോയതാണ് ഗർഭത്ത് കിടക്കുമ്പോ എല്ലാവർക്കും ഭഗവാൻ ഒരു വീഡിയോ ഇട്ട് കാണിച്ചിട്ടുണ്ട് എത്ര ജന്മങ്ങൾ കഴിഞ്ഞു എന്നാണ് പുല്ലാകി പൂരായി പുഴുവായി മരമാകി പൽവിറുകമാകി പറവയായി പാമ്പായി കല്ലായി മനിതരായി പേയായി ഗണങ്ങളാകി വല്ല അസുരായി മുനിവരായി ദേവരായി ിന്താവര ജംഗമത്തുൾ എല്ലാ പിറപ്പും പിറന് ഇളത്തേൻ എം പെരുമാൻ ഞാൻ ടയേർഡായി എന്നാണ് പറയുന്നത് ആണിക്യവാചകരൻ ആ ഭക്തൻ പറഞ്ഞത് ഭഗവാനെ ഞാൻ ക്ഷീണിച്ചു പോയിരുന്നു എത്രയോ ജന്മങ്ങൾ യാത്ര ചെയ്ത് തളർന്നു പോയി മെയ്യേ മുൻ പൊന്നടികൾ കണ്ടിന് വീടൂറ്റേൻ ഭഗവാനെ ഹൃദയത്തിൽ ആത്മസ്വരൂപമായി കണ്ട് വിമുക്തനായിരിക്കുന്നു അപ്പൊ എത്രയോ ജന്മങ്ങൾ യാത്ര ചെയ്ത് മതിയായി തളർന്നു ക്ഷീണിച്ചു ഇതൊക്കെ ഗർഭത്തിൽ കിടക്കുമ്പോ കാണും ഗർഭത്തിൽ കിടക്കുമ്പോ എല്ലാരും ഒരേപോലെയാണേ പ്രസവം പ്രസവിച്ച് പുറത്തു വന്നിട്ടേ ഉള്ളൂ ആസ്പത്രിയാണോ വീടാണോന്നൊക്കെ കൃപാനന്ദ വാര്യര് പറയും മൈസൂർ മഹാരാജാവിന്റെ റാണി ഗർഭവതിയാണെന്ന് പറഞ്ഞ് ഗർഭത്തിൽ ലൈറ്റും ഫാനും ഇട്ട് കൊടുക്കാൻ പറ്റില്ല ഉള്ളില് അവർക്ക് സഫറിങ് ഒരേപോലെയാണ് ഉള്ളിൽ കിടക്കുന്ന ജീവന്റെ കാര്യം ഒരേ പോലെ പീഡയാണ് പുറത്തു വന്നതൊക്കെ മറന്നുപോയി പിന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ ഗില കില ഗില ഒക്കെ കാണിച്ച് എന്തൊക്കെയോ വട്ടം കറക്കി കുട്ടിയെ മയക്കി കൊറേ കഴിയുമ്പോ കുട്ടി ഈ ലോകത്തിലേക്ക് പൂർണമായിട്ട് വന്ന് കഴിയുമ്പോ മറന്നു പോയി എന്തിനു വന്നു മറന്നുപോയി പിന്നെ നമ്മള് ഓരോന്നായി പഠിപ്പിക്കും നഴ്സറി സ്കൂൾ തൊട്ട് തുടങ്ങി hum t dumti had a great fault todakam thane fault <laughs> <laughs> aaddin thane thaluguthi chovattil veenu endoru vidyabhyasa nokku samskaram padipikkum aaddin jolly kodukana shlokam abhivadana shilasya nityam vridhoopasevina chatvari tasya vaddanthe ayur vidya yasho balam inginokke aanu padipichondirunna ippo pillare todanguva thane had a great fault <tail> അമ്മയ്ക്കും അച്ഛനും എന്തോ സന്തോഷാ അറിയോ കുട്ടിയൊക്കെ പഠിച്ചിരിക്കുന്നു എല്ലാം പഠിച്ച ഇതൊരു പതനാണ് ലോകത്തിൽ വരുമ്പോ നമ്മളെ മറന്നുകളഞ്ഞ തന്നെ മരന്തിടിൽ പിന്നെ ഏതറികിൽ എൻ തന്നെ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ അറിഞ്ഞിട്ട് എന്ത് പ്രയോജനം ആത്മജ്ഞാനമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് അതിന് വിചാരം ചെയ്യണം ശരീരം ഞാനല്ല എന്ന് ആദ്യം അറിയണം ദേഹം എന്റെ സ്വരൂപമല്ല ഇത് ജഡമാണ് ശരീരം ഒരിക്കലും ഞാനെന്ന് പറയണില്ല കയ്യ് കാലൊക്കെ പ്രത്യേകം പിരിച്ചാലും ഞാനെന്ന് പറയില്ല കൈയില്ലാത്തവർ കാലില്ലാത്തവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഞാൻ എന്നുള്ള ബോധം പൂർണമായിട്ടുണ്ട് തലയില്ലാതെയും ഇരിക്കാം തല മാറ്റിയാലും ഞാൻ എന്നുള്ളത് അതേപോലെ ഉണ്ടാവും പഴയ കാലത്ത് ശുശ്രുതനോ ചരകനോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത് ഇനിയും നമ്മൾ ആ ശസ്ത്രക്രിയ വരെ വന്നിട്ടില്ല തലയൊക്കെ മാറ്റി വെക്കാന്നാണ് ഇങ്ങനോചിച്ച് നോക്കും ഉപനിഷത്ത് വേദത്തിനുണ്ട് അഥർവൻ അശ്വിനിദേവന്മാരെ അഥർവന്റെ തല മാറ്റി കുതിരത്തല വെച്ചു കൊടുത്തു കുതിരത്തല കൊണ്ട് വിദ്യ ഉപദേശിച്ചിട്ട് വീണ്ടും അഥർവന്റെ തല വെച്ചു കൊടുക്കുന്നതായിട്ട് തലയൊക്കെ മാറിയാലും ആളത് തന്നെ കാരണം ഈ ഞാൻ ഞാൻ എന്ന അനുഭവത്തിന് ശരീരത്തിനോട് സ്പർശമേയില്ല ഞാൻ എന്നുള്ള ആ ദേഹത്തിനോട് സമ്പർക്കമില്ല അത് ശുദ്ധമായ ജ്ഞപ്തിയാണ് അവബോധമാണ് അത് ശരീരമല്ല മനസ്സല്ല അത് ബുദ്ധിയല്ല പിന്നെ എന്താണത് എന്താണതിൻ്റെ സ്വരൂപം ഈ അഹം അഹം എന്ന അനുഭവം എന്താണ് അതിനെ കണ്ട് വിസ്മയിക്കണം ആശ്ചര്യപ്പെടണം അത് തന്നെ ധ്യാനം ആ വിസ്മയം തന്നെ ധ്യാനം ഏകാന്തമായിരുന്ന് തന്നെ തന്നെ കണ്ട് വിസ്മയിക്കണതുണ്ടല്ലോ അതിനെ ധ്യാനം ബ്രഹ്മാവ് ചെയ്ത അതാണ് സൃഷ്ടി ആരംഭത്തിൽ കയ്യേശയോസൗ അഹം അബ്ജപൃഷ്ഠ തന്നെ തന്നെ തന്നെ കണ്ട് വിസ്മയിക്കുകയാണ് ഈ ഞാൻ ഞാൻ ഞാൻ എന്നുള്ള ഈ അനുഭവം എന്താണ് ഇരുട്ടുമുറിയിലിരിക്കുമ്പോഴും നല്ലവണ്ണം അറിയണോ അഹമസ്മി ഞാനുണ്ട് എന്താ ഈ ഉണ്ട് എന്നുള്ള ഈ ഉണ്മയുടെ സ്വരൂപം എന്താ അസ്തിത്വത്തിന്റെ സ്വരൂപം എന്താ ഇരുപ്പിന്റെ സ്വരൂപം എന്താ ഒരു സംശയമില്ല ഞാനുണ്ടോ ഇല്ലയോ സംശയമേ ഇല്ല ഇരുട്ട് മുറിയിൽ ഇരിക്കുമ്പോ നല്ലവണ്ണം അറിയണു ഞാനുണ്ട് അടുത്തുള്ള ആളുകളെയൊക്കെ വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം അവനവന്റെ ഇരുപ്പ് ആർക്ക് സംശയമില്ല സ്വയം പ്രകാശാർത്ഥത്ത് പക്ഷെ അതെന്താണ് അത് ഈ ശരീരത്തിൻ്റെ ഉള്ളിലാണോ ഇരിക്കുന്നത് അഥവാ ആ ബോധത്തിൽ ശരീരം എന്നുള്ളതൊരു അപ്പിയറൻസ് മാത്രമാണോ ലക്ഷ്യം ആ അനുഭവത്തിൽ ആ നമ്മുടെ നാമം ജപിക്കുമ്പോഴോ അല്ലെങ്കിൽ അടുക്കള പണിയെടുക്കുമ്പോഴോ ഒരു ക്ഷണം നേരത്തേക്ക് ആരായി പണിയെടുക്കുന്നത് ആരായി ജപിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജപിക്കുന്ന ആളാരാ കണ്ണടച്ചിരുന്ന അനേക രൂപങ്ങൾ കാണുന്നുണ്ടല്ലോ അതൊക്കെ കാണുന്ന ആളാരാ ഇതിൻ്റെയൊക്കെ സെന്റർ എന്താ കൗ ദേവോ യുനക്തി ഉപനിഷത്ത് കേനോപനിഷത്ത് തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് കേനേഷിതം പദ്ധതി പ്രേഷിതം മണ കേനഃ പ്രാണഃ പ്രഥമ പ്രീതിയുക്ത കേനേശിതം കേനേശിതാവാഗസവശരന്തി ചുശ്രോത്രേ കൗദേവോ യുനഖീന് കണ്ണിലൂടെ രൂപം ഗ്രഹിക്കണ ആളാരാം ചെവിയിലൂടെ ശബ്ദം കേൾക്കണത് ആര് പറഞ്ഞേച്ചിട്ടാണ് മനസ്സ് പുറമേക്ക് പോണത് രാത്രി ഉറങ്ങുമ്പോൾ തെളിഞ്ഞു സ്വപ്നം കാണുന്നു സ്വപ്നം ആര് കാണുന്നു സ്വപ്നത്തിനുള്ള പ്രകാശം എവിടെയാ യസ് സുപ്തു ജാഗർത്തി കാമം കാമം പുരുഷോ നിർമ്മിമാണ തദേ ശുക്രം തദ് തദ അമൃതമുച്ച തസ്ൻ ലോക ശ്രിതേ തതുേതി കശന ഏതുപ്തു ജാഗർത്തി കിടന്നുറങ്ങുമ്പോഴും ഉണർന്നിരുന്നു കൊണ്ട് ആ ഉറക്കത്തിലും ഉണർന്നിരുന്നു സ്വപ്നം കാണുന്നുവല്ലോ നമ്മളെക്കാളും വലിയ വിസ്മയമൊന്നുമില്ല നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ് നോക്കിയാൽ തന്നെ വലിയ വിസ്മയമാണ് ഈ സ്വപ്നം ആര് കാണുന്നു സ്വപ്നത്തിനുള്ള വെളിച്ചം എവിടെയാണ് ഇരുട്ടുമുറിയിൽ ആ വെളിച്ചത്തിൽ നല്ല സ്വപ്നം വെളിച്ചത്തിൽ കാണുന്നുമില്ല ആ വെളിച്ചം എടുത്തു വന്നു ആ സുഖമായിട്ട് ഉറങ്ങുന്ന സുഷുപ്തി ആ സുഷുപ്തിയിലാണ് ഐകാന്തികമായിട്ടൊന്ന് സിദ്ധിക്കണത് ശരീരവുമില്ല മനസ്സുമില്ല സ്വപ്നവും കണ്ടില്ല നാമം കാമയത്തെ നവപ്നം പശ്യത്തിഷുപ്തം സുഷുപ്തേകീഭൂത പ്രജ്ഞാനഘനയേ വഹ്യാനന്ദമയോ ആനന്ദഭുക് ചേത്തോമുഖപ്രാജ്യത തൃതീയ പാദ അവിടെ ആനന്ദബുഖ് ആനന്ദമയ ആനന്ദമേ സ്വരൂപമായി ഒന്നും അറിഞ്ഞില്ല ഒന്നും കേട്ടില്ല ഒന്നും കണ്ടില്ല ഒന്നും അറിഞ്ഞില്ല ഒന്നും ചെയ്തില്ല ശരീരമില്ല പുരുഷനോ സ്ത്രീയോ അല്ല ഒന്നുമില്ല അവിടെ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയണം ആ സുഖം എവിടെ വന്നു പുറമേ വിഷയവും അനുഭവിക്കാതെ പുറമേ നിന്ന് ഒരു സമ്പർക്കവുമില്ലാതെ ഐന്ദ്രിയ വിഷയങ്ങളോ മാനസിക വിഷയങ്ങളോ കൂടാതെ തന്നെ ഏർപ്പെടുന്ന ഒരു സുഖം സാധാരണ സുഖമല്ലാതെ അതുകൊണ്ടാണ് ആർക്ക് എഴുന്നേക്കാൻ ഇഷ്ടവാത്ത എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് ഉറക്കം ഉറക്കത്തിലല്ല സുഖം പക്ഷേ ഉറക്കത്തിൽ അവിദ്യയുണ്ട് അറിയില്ലായ്മയുണ്ട് എനിക്കൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു പക്ഷെ ആ സുഖമുണ്ടല്ലോ അത് ഒന്നും അറിഞ്ഞില്ലാന്നുള്ള പ്രഖ്യാപനം ബുദ്ധിയുടെയാണ് പക്ഷെ സുഖമായിരുന്നു എന്നുള്ളത് ബുദ്ധിയുടെയല്ല അതവിടെ ഉള്ള എന്തോ സാധന എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ വേദത്തിന് ഒരു സംശയവും ഏഷ സർവേശ്വര ഏഷ സർവജ്ഞന്ത ഏഷയോനി ഹി പ്രഭവാപ്യയോ ഹി ഭൂതാനാം ഒരു സംശയവും കൂടാതെയാണ് വേദം പറയണത് ഏഷ സർവേശ്വര യേശ സർവജ്ഞോന്തര്യാമിഹി യേശയോനി പ്രഭവാപ്യയോഹി ഭൂതാനാം അവിടെ പോയിട്ട് ഈ ചിത്തമടങ്ങണത് ആരെ നമ്മള് ഈശ്വരനെന്നും അന്തര്യാമിയെന്നും വിളിക്കുന്നു ആ സർവേശ്വരനിൽ അന്തര്യാമിയിൽ തന്നെയാണ് മനസ്സിലയിക്കുന്നത് അതുകൊണ്ടാണ് ഒരു നിറവ് തികവ് എല്ലാ ദിവസവും എല്ലാവർക്കും ഒരേപോലെ ടേസ്റ്റാണ് അതിന്റെ ആ ഡീപ് സ്ലീപ്പ് സ്റ്റേറ്റിന് എഴുന്നേറ്റിട്ടാണ് നമ്മളിപ്പോ വിചാരം ചെയ്യുന്നത് ആ സ്റ്റേറ്റിൽ വിചാരം ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ വിചാരം ചെയ്യുന്ന ആള് വിചാരമോ ഒന്നുമില്ല ഉണർന്നിരുന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ഒന്നും സാധ്യമല്ല കാരണം അവിടെ അജ്ഞാനമോ രണ്ടാമതോ ഒരാളോ ഒന്നുമില്ല അവിടെ അജ്ഞാനമൊക്കെ ബുദ്ധിയിലാണ് ആ സ്ഥിതി വസ്തുവിലില്ല അവിടെ പൂർണ്ണതയേ ഉള്ളൂ പൂർണ്ണതയാണ് നമ്മളുടെ സ്വരൂപം രണ്ടില്ലായ്മയാണ് നമ്മളുടെ സ്വരൂപം ആനന്ദമാണ് നമ്മളുടെ സ്വരൂപം ശാന്തിയാണ് നമ്മളുടെ സ്വരൂപം നിർമ്മലതയാണ് നമ്മളുടെ സ്വരൂപം കളങ്കമില്ലായ്മയാണ് നമ്മളുടെ സ്വരൂപം അഭയം അമൃതം അശോകം ഇതിനെ അകമേ ദർശിക്കുമ്പോ ഏർപ്പെടുന്ന നിറവ് നിർവൃത്തി എന്ന് പറയുന്നു ആ നിർവൃത്തി അതാണ് ഭഗവാൻ പറഞ്ഞത് സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമുതി ഏതൊന്ന് കിട്ടിയാലാണോ പിന്നെ എത്ര വലിയ ദുഃഖം ജീവിതത്തിൽ വന്നാലും അയാൾ അതൊന്ന് ചതിക്കില്ല ദുഃഖം വിളിക്കാതെ തന്നെ വരും ലോകത്തിൽ ജനിച്ചാൽ ലെറ്റർ അയക്കാതെ വരുന്നതും ഫോൺ വിളിക്കാതെ വരുന്നതുമായ ഒറ്റയാളേ ഉള്ളൂ ദുഃഖം നിശ്ചയമായിട്ടും ഔട്ട് ഫോർ ട്രബിൾ ജനിക്കുമ്പോൾ പക്ഷേ രാമകൃഷ്ണദേവൻ പറയുന്ന പോലെ ചക്ക മുറിക്കുന്നതിന് മുമ്പ് കയ്യിലെണ്ണ തയ്ക്കുക എന്നാൽ ചക്കയുടെ പാലൊന്നും കയ്യിലും മേലെയും മുഖത്തും ഒന്നും ഒട്ടിപ്പിടിക്കില്ല അതുപോലെ ദുഃഖം വരുന്നതിനു മുമ്പ് ദുഃഖം സ്പർശിക്കാത്തതായ ഒരു കേന്ദ്രം നമ്മളുടെ ഉള്ളിലുണ്ട് ദുഃഖത്തിന് തൊടാൻ കഴിയാത്തതായ ഒരു ദ്വീപ് നമ്മളുടെ ഉള്ളിൽ ഹൃദയസ്ഥാനത്തിൽ ആ ദ്വീപ് നമ്മൾ കണ്ടാൽ ആ ഐലൻഡ് നമ്മൾ കണ്ടാൽ ഇംഗ്ലീഷുള്ള വാക്ക് നല്ല വാക്കാണ് ഐ ലാൻഡാണ് അത് ഉണ്മയായ ഐ ഉള്ള ലാൻഡ് ഈ ഈഗോ ഐ അല്ല അത് റിയൽ ഐ യു ട്രേസ് ദ ഈഗോ ഐ ടു ഇറ്റ് സോർസ് ഇറ്റ് വാനിഷസ് ദ പൂർണത അപൂർണത്വം അപൂർണമായ അഹം പൂർണ്ണമായ ബോധം പൂർണ്ണമായ ചിത്ത് പൂർണ്ണമായ സംവിത് അത് പ്രകാശിക്കുന്ന ആ മണ്ഡലത്തിനെയും അധിഷ്ഠാനത്തിനെ ഭൂമികാലബ്ധി എന്ന് യോഗികൾ പറയും ആ ഭൂമിക ഉള്ളിൽ കണ്ടാൽ ശാന്തമായി നിർവൃത്തമായി ആനന്ദമായി അപ്പോഴാണ് വലിയ നിർവൃത്തി എന്ന് നമ്മൾ പറഞ്ഞ പോലെ റിലീസ് ടോട്ടൽ റിലീസ് ധന്യമായി ജീവിതം ഇതിനാണ് ഭഗവത്ഗീതയും ഉപനിഷത്തും ഭാഗവതമൊക്കെ ഞാനിപ്പോൾ ഗീതയൊക്കെ അടച്ചു വെച്ചിട്ടാണോ സംസാരിക്കണത് ഇനിയിപ്പോൾ തുറന്നുണ്ട് അസുരന്മാരൊക്കെ വരുമ്പോൾ അസുരന്മാരുടെ ലക്ഷണമാണെങ്കിൽ പറയാൻ പോണത് ഗീതയുടെ സാരമാണ് ഉപനിഷത്തിന്റെ സാരമാണ് ഭാഗവതത്തിന്റെ സാരമാണ് സകലാധ്യാത്മ ഗ്രന്ഥങ്ങളുടെയും സാരമാണ് ശാസ്ത്രങ്ങളുടെ മുഴുവൻ ശാസ്ത്രേഷു ഇയാനേവ സുനിശ്ചിതോ ഭാഗവതത്തിൽ സനത്കുമാരൻ ഉപദേശിക്കുകയാണ് എന്താ ഈ ശാസ്ത്രങ്ങളുടെ മുഴുവൻ സാരം എന്താ അതിന്റെ എസൻസ് എന്ന് വെച്ചാൽ അനാത്മവസ്തുവിലുള്ള ആസക്തി വിട്ട് ആത്മജ്ഞാനം നേടിയ ആത്മരതി ആനന്ദം ആത്മാവിലാണ് വെളിവസ്തുക്കളിലൊന്നിലും ആനന്ദമല്ല ആത്മരതി ആത്മക്രീഡ ആത്മമിഥുന ആനന്ദം ഭഗവത് സ്വരൂപത്തിലാണ് ആനന്ദം പുറം വിഷയങ്ങളിലൊന്നുമില്ല ആനന്ദം ഭഗവാന്റെ സ്വരൂപാണ് അതാണ് കൃഷ്ണാവതാര സന്ദർഭത്തിൽ ഭട്ടതിരി പറഞ്ഞു ആനന്ദരൂപ ഭഗവൻ ഐദേവതാരേ ഭഗവാന്റെ അവതാരം ആനന്ദത്തിന്റെ അവതാരമാണെന്ന് എന്തിനാ ഭഗവാൻ ജനിക്കുന്നത് നമ്മളുടെ സ്വരൂപം ആനന്ദാണെന്ന് കാണിച്ചു ആ ആനന്ദം ആത്മാവിന്റെ സ്വരൂപമാണ് ആത്മജ്ഞാനം കൊണ്ട് നമ്മൾ അറിയുകയാണ് ആനന്ദുണ്ട് നേടിയെടുക്കാനൊന്നുമില്ല ആനന്ദുണ്ട് അജ്ഞാനം നീക്കിയാൽ മതി അല്പസുഖമാണ് ഉള്ളത് എന്നുള്ള ആ ഭ്രമം നീക്കാൻ അഖണ്ഡമാണ് ഒന്നും ഉപേക്ഷിക്കാനില്ല ഒരിടത്ത് ഓടിപ്പോവാനില്ല നമ്മൾ തറിയുന്ന ഈ ജ്ഞാനവും ആത്മാവും മുക്തിയും ഗുഹയിലോ കാട്ടിലോ സമുദ്രത്തിലോ ഒന്നുമല്ല ഉള്ളിലിവിടെയുണ്ട് ഇവിടെ അറിഞ്ഞാൽ എല്ലായിടത്തും കാണും ഇഹ ചേദീ അഥ സത്യസ്തിഹതീ വിനഷ്ടിഹീന ഇപ്പൊ തന്നെ ഇവിടെ തന്നെ അറിഞ്ഞാൽ സത്യം നഷ്ടപ്പെടുത്തി കളഞ്ഞാലോ വലിയ വിനഷ്ടി വേദമാതാവ് തന്നെ കരഞ്ഞുകൊണ്ട് പറയുന്ന പോലെയാണ് മഹതീ വിനഷ്ടിഹീനരുത് വലിയൊരു ചാൻസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഭാരതഭൂമിയിൽ ജനിച്ചിരിക്കുന്നു വേദപാരമ്പര്യത്തിൽ ജനിച്ചിരിക്കുന്നു ഋഷികളുടെ മാർഗത്തിൽ ജനിച്ചിരിക്കുന്നു ഗീതയും ഉപനിഷത്തുമൊക്കെ നമ്മളുടെ മുമ്പിലുണ്ട് അതൊക്കെ പറയണതെന്താ അതൊക്കെ നമ്മൾ ഇരുത്തി പൂജിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ പൂർണ്ണമാണ് നിങ്ങളുടെ ഉള്ളിൽ ഭഗവാനുണ്ട് ആ ഭഗവാനെ അറിയോ ആ ആത്മദേവനെ അറിയോ പുറമേ നിങ്ങൾ എന്തൊക്കെ സർക്കസ് കാണിച്ചാലും ആ ആത്മദേവനെ അറിയുന്നവരെ നിങ്ങൾക്ക് പൂർണ്ണം വരില്ല ആകാശത്തിനെ തോൽപ്പായ ചുരുട്ടണ പോലെ ചുരുട്ടിയാൽ പോലും ഉള്ളിലുള്ള ദേവനെ അറിയാതെ ശാന്തി ഉണ്ടാവില്ല എന്ന് വേദം പെരുംവരഘോഷാണ് യഥാ ചർമ്മവത് ആകാശം വേഷ്ടിഷ്യത്തി മാനവാഹ തഥാ ദൈവമവിജ്ഞായ ദുഃഖ അന്തോ ഭവിഷ്യത്തി യദേശ ആകാശ ആനന്ദോനും ശ്രുതി തന്നെ പറയണത് ഈ ഉള്ളിലുള്ള ആനന്ദം ആകാശം പോലെയാണെന്നാണ് എന്ന് വെച്ചാൽ അതിനൊരു അതിരൊന്നുമില്ല അതിനൊരു വിഛിത്തിയില്ല അത് പൂർണ്ണമാണ് ആ ആനന്ദത്തിന് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എവിടെ സുഖം കിട്ടും എവിടെ സുഖം കിട്ടുമെന്ന് ആ ആനന്ദത്തിന്റെ ഉറവിടം അകമയാണെന്ന് അറിഞ്ഞ ആൾക്ക് ദൈവീ സമ്പത്ത് പടിപ്പടി പടിപ്പടിയായിട്ട് വരും ആനന്ദത്തിന്റെ ഉറവിടം പുറത്താണെന്ന് ധരിച്ചിരിക്കുന്ന ആൾക്ക് ആസുരീ സമ്പത്ത് പടിപ്പടിയായി വരും എന്തിനെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു ആസുരീ സമ്പത്തും ദൈവീ സമ്പത്തും നമ്മളുടെ സുഖം പുറത്താണോ അസുരനാവാതിരിക്കാൻ പറ്റില്ല നമുക്ക് നമ്മളുടെ സുഖം അകത്താണോ ദൈവമാവാതിരിക്കാൻ പറ്റില്ല ദൈവവും അസുരവും ഒരേ സ്ഥലത്ത് തന്നെയാണ് അസുരൻ വേറെ ദേവൻ വേറെ ഒന്നുമല്ല രണ്ടുപേരും ഒരേ അച്ഛന്റെ മക്കളാണ് പൗരാണികമായി തന്നെ കശ്യപ്രജാപതിയുടെ തന്നെ മക്കളാണ് അസുരന്മാരും ദേവന്മാരും ദൃഷ്ടി പുറത്താണ് സുഖം പുറത്താണ് നമ്മളുടെ സ്വത്ത് പുറത്താണെങ്കിൽ നമ്മൾ നിശ്ചയം ബഹിർമുഖ വൃത്തികളാവാതിരിക്കാൻ പറ്റില്ല അപ്പോ വേറെ ഒരാളെ ഉപദ്രവിക്കാതിരിക്കാൻ സാധിക്കൂല വേറെ ഒരാളുടെ സ്വത്തെ അപഹരിക്കാതിരിക്കാൻ സാധിക്കൂല നമ്മളുടെ സകലവിധമായിട്ടുള്ള ഇൻഡസ്ട്രിയുടെയും ഒരേ നോട്ടം ഉണ്ടാകുന്ന വെച്ചാൽ മറ്റുള്ളവന്റെ പോക്കറ്റിലുള്ള പണം ഏത് വഴിക്ക് ചാലുകേറിയാലാണ് എന്റെ പോക്കറ്റിലേക്ക് വരിക അതിന് കുറച്ച് നല്ല പേരുകളൊക്കെ കൊടുക്കും ഡിപ്ലൊമാറ്റിക് ആയിട്ട് പേരുകളൊക്കെ കൊടുക്കും അത്രയോ ഈശ്വരന്റെ കണക്കിൽ അതും അസുഖാണ് കള്ളം കക്കുമ്പോ ആളുകൾക്ക് കംപ്ലയിന്റ് ഉണ്ടാവും ഇത് കക്കും വേണം കട്ടു എന്ന് അറിയാനും പാടില്ല അതിനുള്ള ടെക്നിക്കൊക്കെ ചെയ്യുമ്പോ കംപ്ലൈന്റ് ഇല്ല ഇതെന്തുകൊണ്ട് അങ്ങനെ വരണോ നമുക്ക് നമ്മളുടെ സുഖം പുറത്താണ് ആനന്ദം പുറത്താണ് സുഖം എപ്പോ ഉള്ളിലാണോ ആനന്ദം ആത്മാവിന്റെ സ്വരൂപമാണെന്ന് നമ്മളെ അറിയണമോ അപ്പൊ നമ്മള് ബാഹ്യമായി നമ്മൾ എവിടെയിരുന്നാൽ ഭാഗവതത്തിൽ നോക്കിയാൽ കുചേലൻ പരമദരിദ്രനായ കുച്ചേലൻ കൃഷ്ണനെ കാണാൻ പോകുന്നു കുചേലോപാഖ്യാനം തുടങ്ങുമ്പോ തന്നെ ഒരു ദരിദ്രനെ പറയുമ്പോ എങ്ങനെയാ ചിത്രം വരയ്ക്കേണ്ടത് ഭാവം ദരിദ്രൻ കീറിയ തുണിയുമായി ചെറ്റക്കുടലിൽ താമസിക്കുന്ന ഒരു ദരിദ്രൻ എന്നൊക്കെ കഥ എഴുതേണ്ടതെന്നല്ലേ വിഷമിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ കഥയുണ്ട് കുചേലന്റെ കഥ പലരും ജനങ്ങളുടെ സെന്റിമെന്റിനെ പിടിച്ചുയർത്താനായിട്ട് ദാരിദ്ര്യം കൊണ്ട് കുചേലൻ കഷ്ടപ്പെട്ടുവെന്നും അനേകം മക്കളുകൾ മക്കളുണ്ടായിരുന്നു കഷ്ടപ്പെട്ടുവെന്നും മക്കളൊക്കെ അച്ഛനെ വിളിച്ച് കരഞ്ഞുവെന്നും ഒക്കെ പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ ആളുകൾക്ക് സങ്കടമാണ് പിന്നെ ഭഗവാൻ കുറെ പണം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് സന്തോഷമായി അപ്പൊ കുചേലോ വ്യാഖ്യാനം എന്താ ഒരാൾ അങ്ങനെ പറഞ്ഞു ഒരു രാഷ്ട്രീയക്കാര് ഒരു സപ്താഹ വന്നതാണ് അദ്ദേഹം പറഞ്ഞു ഭാഗവതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ കുജയലോപാഖ്യാനം അതെന്താ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നവന് പണം കൊടുക്കണം ഇതിനിപ്പോ ഭാഗവതം വേണോ ഇതിനിപ്പോ ഭാഗവതം വേണോ ആർക്കപ്പോ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുത്തുന്നതിന് പണം കൊടുത്താൽ തികഞ്ഞോ ഒരു ദിവസം തിരുവണ്ണാമലെ ഇരി പ്രദക്ഷിണ അപ്പോ ഈ ധാരാളം ചേരികളുണ്ട് അപ്പൊ ചേരികളില് ഭിക്ഷക്കാരും ഒക്കെ ഉണ്ട് അരക്കവരുണ്ട് ഭിക്ഷക്കാരോ ചേരിയിലുള്ളവര് റോട്ടില് പൊരിഞ്ഞ ലഹള ലഹള അപ്പൊ അടുത്തൊരു സ്വാമിയാർ നിൽക്കണു ഞാനിങ്ങനെ അവിടെ പോയി നിന്നു അപ്പൊ സ്വാമിയാർ എന്നെടുത്ത് പറയാണ് പണക്കാരൻ ചണ്ടൈ വീട്ടിലെ പിച്ചക്കാരൻ ചണ്ടൈ തെരുവിലെ രണ്ടുപേർക്ക് ചണ്ട ഉയുണ്ടെന്നാണ് ധാരാളം പണ്ണുണ്ടെങ്കിൽ അയാൾക്ക് വീട്ടിൽ ചണ്ട ദാരിദ്ര്യമാണെങ്കിൽ അയാൾ തെരുവിൽ ചണ്ട രണ്ടുപേർക്ക് ചണ്ടയും രാഗദ്വേഷവും അജ്ഞാനവും ഒരേപോലെയാണ് ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല അടക്ക് ഇങ്ങനെയൊക്കെ കാണും ഒരു ദിവസം ഈ തിരുവൂടൽ ഉത്സവം എന്ന് പറഞ്ഞ് അരുണാചലേശ്വരർ സുന്ദരമൂർത്തിസ്വാമികൾക്ക് പരമേശ്വരൻ ദൂതു പോകുന്ന ഒരു സന്ദർഭം കളിയായിട്ട് കഥയായിട്ട് അവതരിപ്പിക്കും അപ്പൊ തിരകൂടൽ സ്വാമി ഇങ്ങനെ പുറത്തു കൊണ്ടുവരും ഇങ്ങനെ ആളുകൾ ഇങ്ങനെ സ്വാമിയെ പിടിച്ചുകൊണ്ട് അങ്ങനെ നർത്തനം ചെയ്യും ഒക്കെ ചെയ്യും അപ്പൊ ആദ്യം എനിക്കിത് അറിയാത്തോണ്ട് കുറെ വർഷം മുമ്പ് അങ്ങോട്ട് പോകുമ്പോ ഇതുപോലൊരു സ്വാമിയാർ എതിർത്തുപോലെ വരണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അവിടെ ഇങ്ങനെ ഒരു നർത്തനം ഒരു നൃത്തം ഒക്കെ കാണുന്ന ഭഗവാനാണ് നമ്മളെ നർത്തനം ചെയ്യിപ്പിക്കുന്നത് എന്ന് അറിയാതെ ഇവര് ഭഗവാനെ നർത്തനം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം ഭഗവാൻ നമ്മളെ ആട വെക്കാൻ തെരിയാമ ആണ്ടവൻ ആട്ട വെച്ചുകൊണ്ടിരിക്കുന്നു എതിർച്ചയാ വരുന്നതാണ് അതൊക്കെ അപ്പൊ പണം കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾ പൂർണ്ണമാവോ അത് കഴിഞ്ഞിട്ടാണ് എല്ലാ ആപത്തും വരിക ഭർത്തൃഹരി പറയണത് ധനം കൂടുമ്പോ വളരെ സൂക്ഷിച്ച് ജാഗ്രതയായിട്ട് ഇരുന്നോളം ക്ഷ്മി എത്ര പതന്തി തത്ര വിവർ വിപത തത്ര വിവൃത ദ്വാരായവ വ്യാപത എവിടെ ലക്ഷ്മി വരണമോ അവിടെ വാതിൽ തുറന്നു വെച്ചാൽ കൊതുകൊക്കെ ഉള്ളിലേക്ക് വരണ പോലെ അപകടം ഉള്ളിലേക്ക് വരുവത്രേ എന്നുവെച്ചാൽ എത്ര കണ്ട് നിങ്ങൾക്ക് അയിൽ എക്സ്ട്രാ ഉണ്ടോ അതിന് ചെലവിനുള്ള വകകളൊക്കെ ഇത് പ്രകൃതിയുടെ നിയമാണ് ഒരു തോണി നിങ്ങള് കാശിയിലൊക്കെ ഗംഗയിൽ തോണിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ പരിചയമില്ലാത്തവർ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒരു കാര്യം പറയാം തോണിയിൽ കയറിയാൽ ആദ്യം പേടിക്കും നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേട്ടിരിക്കണത് തോണിയിൽ വെള്ളം കയറാൻ പാടില്ല എന്നാണ് അല്ലേ വള്ളത്തിൽ വെള്ളം കയറരുത് വെള്ളത്തിൽ വള്ളം കിടക്കാം എന്നൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കണത് അവിടെ പോയാൽ ഈ വള്ളത്തിൽ ഇഷ്ടംപോലെ വെള്ളം കയറും നമ്മൾ നടുവിൽ ഗംഗയിലാണ് തോണിയിൽ വെള്ളം കയറണു ഇയാൾ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും തോണിക്കാരൻ തോണിയിൽ വെള്ളം കയറണ്ടല്ലോന്ന് അയാൾ പറയാതൊന്നും പേടിക്കണ്ടെന്ന് തോന്നി പേടിക്കണ്ടെന്ന് പറഞ്ഞ പേടിക്കണ്ടെന്ന് പറയാളൊന്നും പേടിക്കണ്ട അത് വെള്ളം കുറെ തോണിയിൽ കയറിക്കഴിഞ്ഞാൽ അയാളെ എന്തുന്ന് വെച്ചാൽ ഒരു പാത്രം ഒരു മഗ് എടുത്തിട്ട് ആ തോണിയിലുള്ള വെള്ളമൊക്കെ എടുത്ത് വീണ്ടും കങ്കേലിക്ക് വയ്ക്കും അപ്പൊ പിന്നെ ശരിയായി പിന്നെ ഇങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം ഒഴിക്കുമ്പോഴേക്കും നമ്മളെ കലക്കി പോയെത്തും അപ്പോഴാണ് അത് കണ്ടതോ അപ്പൊ അതാണ് ഇത്തിരി ഇത്തിരി വെള്ളം കയറും പക്ഷെ കയറുന്ന വെള്ളം സൂക്ഷിക്കാൻ പാടില്ല ഒഴിച്ചു ഇതുപോലെ ലോകത്തിലും നമുക്ക് സമ്പത്ത് നമുക്ക് പ്രാരബം കൊണ്ട് വരും വരണ്ടെന്ന് പറയാനൊന്നും പറ്റില്ല വരുമ്പോ അങ്ങനെ വാരിക്കോരിക്കൊടുത്തോണ്ടിരിക്കണം അത് ഭാരം കൂടിക്കഴിഞ്ഞാൽ വെള്ളം വെള്ളത്തിലാവും ഒന്നും ഭാരം ചുമക്കരുത് എന്നാണ് അപ്പോ ആളുകൾക്ക് ഒരു ദരിദ്രന് പണം കൊടുത്താൽ അയാൾക്ക് സന്തോഷമാവോ ദാരിദ്ര്യം ദുഃഖകരാണോ അത് ദുഃഖമൊന്നും അല്ല എന്നാണ് തിരി വിശക്കായിരിക്കും പലപ്പോഴും ദാരിദ്ര്യം എക്സ്ട്രാ സ്വീറ്റ് ഒന്നും കഴിക്കാൻ പറ്റില്ല ഡയബറ്റീസ് വരില്ല ദാരിദ്ര്യം ഉണ്ടെങ്കിൽ വേണ്ടാത്ത ഭക്ഷണമൊന്നും കഴിക്കില്ല വയറിന് പോലെ സൂക്കടും വരില്ല നല്ല വണ്ണം ശരീര നിയമം പഠിക്കാൻ ദാരിദ്ര്യം വലിയ അനുഗ്രഹമാണെന്നാണ് ഭാഗവതത്തിൽ പറയുന്നത് കുബേരന്റെ മക്കളെ നന്നാക്കാൻ നാരദൻ തീരുമാനിച്ചു ഇവരുടെ അടുത്ത് ഉപവാസം ഒന്നും നിർബന്ധ ഉപവാസമാണ് ദാരിദ്ര്യം കൊടുക്കുക എന്നാണ് അസതഹ ശ്രീമതാന്ധസ് ദാരിദ്ര്യം പരമഞ്ജനം അതുകൊണ്ട് ഈശ്വരൻ നമുക്ക് എന്താണ് നല്ലത് വെച്ചാൽ തരും കുചേലന് ദാരിദ്ര്യാണ് പക്ഷെ ഭാഗവതം പറയണത് കൃഷ്ണ സകാകർഷിത് പരീക്ഷത്ത് ചോദിക്കണോ ഭാഗവതത്തിലെ ശുഖാചാര്യരോട് കഥ പറയൂ ഇനിയും കഥ പറയൂ ധാരാളം കഥ കേട്ടു കഴിഞ്ഞു ഇനി പോരാ പറയൂ എന്ന് പറഞ്ഞതും ശ്രീശുഖബ്രഹ്മ മഹർഷി ആരുടെ കഥയാ പറയേണ്ടത് ആലോചിച്ചു ആലോചിച്ചതും അടുത്ത ക്ഷണം അദ്ദേഹം സമാധിസ്ഥിതനായി വാസുദേവേ ഭഗവതി നിമഗ്നഹൃദയോ അബ്രവീത്ത് ഭഗവാനിൽ അങ്ങനെ ലയിച്ചിരുന്നു കൊണ്ട് എന്നിട്ടാണ് പറയുന്നത് കൃഷ്ണസ്യാസീ സഖാ കശ്യത് ഹേ രാജൻ കൃഷ്ണൻ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എങ്ങനെയുള്ള ആളാ എന്ന് വെച്ചാൽ ബ്രാഹ്മണു ബ്രഹ്മവിത്തമ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ബ്രഹ്മവിത്തമൻ ബ്രഹ്മജ്ഞാനികളിൽ ശ്രേഷ്ഠനും ഇന്ദ്രിയ വിഷയങ്ങളിൽ വിരക്തനും പ്രശാന്താത്മാവും സമാഹിതചിത്തനുമായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അങ്ങനെയാണ് പുജയ രൂപ തുടങ്ങുന്നത് ദാരിദ്ര്യം ഒന്നും അദ്ദേഹത്തിനെ സ്പർശിച്ചതേ ഇല്ല പോലെയാണ് ഭഗവാൻ ഇടത്തേക്ക് പോണത് ഭഗവാനാണ് ചോട്ടിലേക്ക് ഇറങ്ങി വന്നത് ഈ ദാരിദ്ര്യത്തോടുകൂടെ പോകുന്ന ആളുടെ ഗാംഭീര്യം ഒരു പക്ഷേ നമുക്ക് ഒത്തിരി തോന്നും ഭാഗവതത്തിൽ നോക്കുമ്പോ ഗംഭീരായിട്ടാ പോണത് ഗംഭീരായിട്ട് പോണ ഉള്ളിലേക്ക് ഭഗവാൻ ഇറങ്ങി വന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ് കൃഷ്ണനാണ് കരയണത് എന്തിനാ കരഞ്ഞെന്ന് വെച്ചാൽ കുജലന്റെ ദാരിദ്ര്യം കണ്ടിട്ടൊന്നുമില്ല ഭഗവാൻ ആനന്ദം ഉണ്ടായിത്രേ സഖ്യുഹു പ്രിയസ്യ വിപ്രർഷേ അംഗസംഗ അതിനിർവൃത്ത പ്രീതോ വ്യമുഞ്ജത് അബിന്ദു നേത്രാഭ്യാം എന്തിനാ ഭഗവാൻ കരഞ്ഞെന്ന് വെച്ചാൽ തന്റെ സഖാവ് തന്റെ പ്രിയൻ ബ്രഹ്മ സഖ്യുഹു പ്രിയസ്യ വിപ്രർഷേഹെ മൂന്ന് വിശേഷണങ്ങളാണ് തന്റെ പ്രിയപ്പെട്ടവൻ തന്റെ സഖാവ് ബ്രഹ്മനിഷിയായിട്ടുള്ള ഇയാളെ സ്പർശിച്ചതോടുകൂടെ ഭഗവാൻ ഒരു രോമാഞ്ചുണ്ടായെന്നാണ് അതിനിർവൃത്ത പ്രീതോ വ്യമുഞ്ചത് അബിന്ദൂൻ നേത്രാഭ്യാം പുഷ്കരക്ഷണം കാല് കഴിച്ച് പാദപ്രക്ഷാളനം ചെയ്ത് കൃഷ്ണൻ ശിരസിൽ പ്രോക്ഷണം ചെയ്തു ദ്വാരകയിലേക്ക് എല്ലാവർക്കും പ്രോക്ഷണം ചെയ്തു പറഞ്ഞു ദ്വാരക എന്ന് ഈ ബ്രഹ്മനിഷ്ഠൻ ഇവിടെ വന്നതോടുകൂടെ ദ്വാരക ശുദ്ധമായി ഭഗവാൻ എന്നിട്ട് സംവാദത്തിൽ പറയണുണ്ട് ജ്ഞാനികൾ ചിലർ നിന്നെ പോലെയും ചിലർ എന്നെ പോലെയും ഇരിക്കും കേജിത് കുറവന്തി കർമാണി കാമൈരഹതസഹ യഥാഹം പ്രകൃതിജ്ഞേയം തമസത്തെ അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞി അജ്ഞാന ഇരുട്ടിനെ കടന്ന് ജ്ഞാനപ്രകാശത്തിൽ നിഷ്ഠനാവണു എന്നൊക്കെ കൃഷ്ണൻ കുചേലിന് കൊടുക്കുന്ന വിശേഷണങ്ങളാണ് അപ്പോ എന്തിനാ പറയണതെന്ന് വെച്ചാൽ ദൈവീ സമ്പത്ത് ആർക്കുണ്ടോ ആര് ആര് ജ്ഞാന നിഷ്ഠനോ അവൻ ഭൗതികമായി ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ഭൗതികമായി എത്ര വിഷമത്തിലാണെങ്കിലും അയാൾ ബാധിക്കപ്പെടില്ല പൂർണ്ണമായിരിക്കും ശാന്തമായിരിക്കും ദൈവീ സമ്പദ് വിമോക്ഷായ നിബന്ധായ ആസുരീമത മറ്റൊരു വശത്തു നോക്കൂ എടുത്താ തീരാത്ത പണമുള്ള ദുര്യോധനനെ പോലെയുള്ളവർ കുബേരന്റെ രണ്ടു മക്കളാണ് കുടിച്ചിട്ട് നാരദ മഹർഷിയുടെ മേലെ പോയി വീഴുന്നത് നളകൂപരമണിഗ്രീവന്മാർ എന്താ കുബേരന്റെ മക്കളെന്ന് പറഞ്ഞാൽ പിന്നെ കേൾക്കണോ വലിയ വലിയ സമൃദ്ധിയിലുള്ള ആളുകൾ പ്രൗഢിയായിട്ടുള്ളവര് എന്ന് വെച്ചാൽ പണക്കാരെ ജ്ഞാനികളാവാൻ ധാരാളം അംബരീഷൻ ജനകൻ ഋഷഭയോഗീശ്വരൻ ചക്രവർത്തിമാരായിരുന്നിട്ടും എല്ലാ സുഖ ഉണ്ടായിരുന്നിട്ടും ജ്ഞാനനിഷ്ഠന്മാരായിട്ടിരുന്നവരുണ്ട് കൃഷ്ണൻ തന്നെ ഉദാഹരണമാണ് ഭഗവാൻ സമൃദ്ധിയുടെ നടുവിലായിരിക്കുന്നത് ശ്രീ പക്ഷേ ചിലർക്ക് ഇത്തിരി പണവും കാര്യങ്ങളും മറ്റുമൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരെങ്ങനെ ആവും എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയണത് അവരുടെ ചിന്തയ്ക്ക് പിന്നെ അളവേ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കണം എന്നാണ് ഇപ്പൊ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ തന്നെ പാട്ടുണ്ട് എത്ര പണം കിട്ടിയാലും പോരാ പിന്നെ അന്യ നാട്ടുകളിൽ പോയിട്ട് പണം സമ്പാദിക്കാൻ നിൽക്കും അന്നത്തെ കാലത്തുണ്ട് മുത്തു വ്യാപാരത്തിന് പുറപ്പെടുന്നു അദ്ദേഹത്തിനൊരു ഇത് തന്നെയുണ്ട് ആശയ്ക്കൂർ അളവില്ലേ അഖിലമെല്ലാം കട്ടിയാളിനും ആശയ്ക്കൂർ അളവില്ലേ എത്ര കിട്ടിയാലും പോരാന്നാണ് എവിടെയൊക്കെ പോണം പിന്നെ രസവാദ വിദ്യക്ക് പോകുന്നാണെന്ന് പറയുന്നത് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഈ ലോഹ ഒത്തനെ വല്ല വഴിയുണ്ടോന്നാണ് ഈ ജ്വല്ലറി ഷോപ്പൊക്കെ കാണുമ്പോൾ അങ്ങനെ ആരോ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത് ഒരു പുറത്തുണ്ടെങ്കിൽ യാത്രയോ രസവാദം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നൊക്കെ അലഞ്ഞു നടക്കും അത്രയും ഇത്രയൊക്കെ പറഞ്ഞ തായു തായുമാനോട് തന്നെ അവസാനം അകപ്പെട്ടീരെ കിടന്തുഴല അകപ്പട്ടീരെ ഈ ട്രാപ്പിൽ പെട്ടുവല്ലോ ചിന്താമപരിമേയാം പ്രളയാതാം ഉപാഷിതാ അവരുടെ മനസ്സ് പ്രളയകാലപര്യന്തം നിൽക്കില്ല ചലിച്ചുകൊണ്ടേയിരിക്കും മോപഭോഗപരമായ ഏതാവീ നിശ്ചിത ആശകളെ പൂർത്തി ചെയ്യുക എന്നുള്ളത് മാത്രാണ് ജീവിത ലക്ഷ്യം സ്വർണം കൊണ്ട് കാറ് ഒരാള് ദുബായിലോ അവിടെ എവിടെയോ സ്വർണം കൊണ്ട് ബാത്റൂം ഉണ്ടാക്കിയിരിക്കും സ്വർണം കൊണ്ട് ലാട്രിൻ ആലോചിച്ച് നോക്കൂ സ്വർണം കൊണ്ടാണ് ക്ലോസറ്റും ഞാൻ തമാശ അറിയല വിട്ടിത്തല്ലേ സ്വർണം കൊണ്ട് ക്ലോസിറ്റ് ഉണ്ടാക്കി കാര്യം നടക്കണ്ടേ സ്വർണ്ണ നടക്കോ പ്രളയാ കാമോപഭോഗ പരമാ ഏതാവശ്ചിത സ്വർണം കൊണ്ട് കാറ് ഈയിടെ പ്രസിദ്ധമാണ് കാറ് തനി ഗോൾഡ് പ്യുവർ ഗോൾഡ് ഇതിനാണ് പറയുന്നത് ദമ്പൂ ദർപ്പ എന്തിനാ ഇതൊക്കെ അപ്പോ ഏതാവത് ഇത് നിശ്ചിത ഇതൊക്കെ കഴിയുമ്പോ ഒക്കെ ആയി എന്ന് വിചാരിക്കാണ് ആശാപാശ കൊറേ കാലം മുമ്പ് ആ സ്വാമി ഇപ്പൊ ഇല്ല അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാൻ ഒരു സന്യാസി ബ്രഹ്മചാരി ആയിരിക്കുമ്പോ നല്ല വിരക്തനായിരുന്നു ഗീതയൊക്കെ പഠിച്ചു വേദാന്തമൊക്കെ പഠിച്ചു കുറെ ഒക്കെ നല്ല ദിവസം നിഷ്ഠയൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു കുറെ കഴിഞ്ഞ് അദ്ദേഹം വലിയൊരു മഠത്തിനധിപതിയായി അത് കഴിഞ്ഞ് അദ്ദേഹം ഒരിടത്ത് യാത്ര വരുമ്പോ കൂടെ ഒരുപാട് പോലീസും പട്ടാളൊക്കെ ഉണ്ട് അപ്പോ എനിക്കറിയണ ഒരാൾ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്തിനാ സ്വാമി വളരെ സ്വതന്ത്രമായിട്ടിരുന്നു ഇപ്പൊ എന്തിനാ ഈ പോലീസും പെട്ട എനിക്കിപ്പോ പോലീസൊന്നും വേണ്ട ഞങ്ങളുടെ മഠത്തിന്റെ വകയായ ഒരു മരകത മാലയുണ്ട് അത് ഞാൻ കഴുത്തിലിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ നോക്കൂ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പെടുന്നത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കി നമ്മൾ തന്നെ ഒരു കുഴി കുഴിച്ച് നമ്മൾ തന്നെ അതിനേർത്തപ്പെടും ആശാ പാഷ ശതയിർ ബദ്ധാഹ എന്നുള്ള പാശം മഹാമായുടെ കയ്യിലുള്ള അങ്കുശം അതാണെന്നാണ് ലളിതാ സഹസ്രനാമം തുടങ്ങുമ്പോ തന്നെ പറഞ്ഞത് അതാണ് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ശിതഗ്നികുണ്ടൂത ദേവകാര്യ സമുദ്രത ഉദ്യത് ബാനു സഹസ്രാപാ ചതുർബാഹുസമന്വിത രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാര അങ്കുശോജ്വല ഉള്ളില് രാഗമെന്നുള്ള പാശം പിടിച്ചു നിർത്തുന്നത് എന്നാണ് ലോകത്തില് ില്ലാത്ത കയറ് കയർ പുറമേക്കൊന്നും കാണാൻ വയ്യ പക്ഷെ പിടിച്ചു കെട്ടിട്ടുണ്ട് രാഗസ്വരൂപ ക്രോധാകാര അങ്കുശോജ്വല ആനയെ പിടിച്ചു നിർത്തണ പോലെ ഈ ജീവനെ ലോക സംസാരഗതിക്ക് പിടിച്ചു നിർത്താനായിട്ട് രാഗമെന്നുള്ള പാശം കെട്ടി പിടിച്ചു വെച്ചോണ്ടിരിക്കാം ക്രോധാകാര അങ്കുശോജ്വല മനോരൂപ അന്തര്യാമിയായി അന്തര്യാമിയിൽ നിന്ന് തന്നെ ഉള്ള ശക്തി രാഗവും ക്രോധവും ഒക്കെ ഉള്ളിൽ ഉണ്ടാക്കി നമ്മളെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാം അപ്പൊ ആശാപാശതയിർ ബദ്ധാഹ ഈ ആശയും പാശം ആശയാകുന്ന പാശം നൂറ്റിക്കണക്കിന് ഉള്ളില് ചെറിയ ചെറിയ ചെറിയ ചെറിയ ഇൻവിസിബിൾ കോബ് വെബ്സ് പുറമേക്ക് കാണാൻ വയ്യ പക്ഷെ ഉണ്ട് എന്തിനാ നമ്മളെന്ന് ചോദിച്ചാൽ അറിയില്ല നമുക്ക് തന്നെ അറിയില്ല എന്തിനാ ഞാനിങ്ങനെ ഇരിക്കാൻ അറിയില്ല ഒരു കഴുത വണ്ണാന്റെ വീട്ടിൽ ഇരിക്കുകയാണ് വണ്ണാൻ പുത്തിരി തല്ല തിന്നാനും കൊടുക്കണില്ല കെട്ടിട്ടിട്ടും ഇല്ല എന്നാ കഴുതക്ക് തെരുവിലിറങ്ങി പോയി കൂടെ നിച്ച കഴുത പോകണില്ല അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പൊ ആ വീട്ടിൽ ചോദിച്ചു കഴുതയുടെ അടുത്ത് തന്നെ ഇങ്ങനെ തല്ലണല്ലോ ഒന്നും തീറ്റയും തരണില്ല പോയി കൂടെ വെച്ചു പോവാം ഹോപ്പിലാണ് ഞാൻ നിക്കണെന്ന് തോന്നുന്നു കഴുത എന്തു ഹോപ്പ് അല്ല ഈ വണ്ണാനൊരു മകളുണ്ട് ആ മകൾക്ക് കുറെ ദിവസമായി കല്യാണത്തിന് നോക്കിക്കൊണ്ടിരിക്കുന്നു അവളൊന്നും ഇഷ്ടല്ല ഇഷ്ടമല്ല എന്ന് പറയുന്നു അപ്പൊ വണ്ണാൻ ഒരു ദിവസം പറഞ്ഞു നീ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ തന്നെ ഞാൻ ഈ കല്യാണം കഴിച്ചു കൊടുക്കുന്നു പറഞ്ഞത്ര അപ്പൊ ഈ വണ്ണാന്റെ മകളെ കല്യാണം കഴിച്ച് കിട്ടുമോ എന്ന് ആശിച്ചുകൊണ്ട് നിൽക്കത്ര കാരണം ഈ ഉദാഹരണം സുഭാഷിതകാരും പറയണത് നമ്മളെ കളിയാക്കാണ് നമുക്ക് എവിടെയോ കിട്ടുവോന്ന് ആശിച്ചു നിക്കണ പോലെ എന്താ ആഗ്രഹം ഭർതൃഹരി പറയണ ബ്രഹ്മജ്ഞാന് മഹാധിയ ബ്രഹ്മജ്ഞാനം കൊണ്ട് ജ്ഞാനികളായിട്ടുള്ളവര് വലിയ വലിയ സാമ്രാജ്യ ലക്ഷ്മിയൊക്കെ ഇട്ടിട്ടൊക്കെ പോകുന്നു ില്ല ഇനി ഫ്യൂച്ചറിൽ കിട്ടാൻ ഒരു സാധ്യതയുമില്ല കേവലം ഭാവനയില് മാത്ര പല സാധനങ്ങളെയും വിടാൻ വയ്യാന്നാണ് മാളിക സ്വിമ്മിംഗ് പൂള് കാറ് എന്തൊക്കെയോ പ്ലെയിന് എയർഡോ എയർ ഓർഡറും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എവിടെയാന്ന് വെച്ചാൽ വാഞ്ചാമാത്ര പരിഗ്രഹാൻ അഭിപരം തെക്കും നശക്താവയം ഉള്ളില് തൃഷ്ണയിൽ മാത്രം ഇമാജിനേഷനിൽ മാത്രം ആശാപാശ കയറില്ലാതെ കെട്ടിയിടാണ് നമ്മളെ ഉള്ളുകൊണ്ട് കെട്ടിയിടാണ് ഉള്ളിലുള്ള ഒരു ഒരു ഇംപ്രിസൺമെന്റ് ആണ് കാമക്രോധ പരായണാഹ ആ ഇമാജിനറി ആയിട്ടുള്ള ഇയാളുടെ ആശയും ഉണ്ടല്ലോ അത് വെച്ചിട്ട് മറ്റുള്ളവരുടെ അടുത്ത് ചണ്ട കൂടുകാര്യയും ഭർത്താവും രണ്ടു പേര് ഒരു ദിവസം പറഞ്ഞു ഞാനൊരു പശുവിനെ വാങ്ങാൻ പോടും എന്ന് പറഞ്ഞു ഭർത്താവ് പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു ഭാര്യ ഇല്ല ഇപ്പൊ ചേർക്കാൻ പോവേണം പശുവിനെ വാങ്ങാനായി പൈസ ചേർക്കാൻ പോവണെന്ന് ഭർത്താവ് പറഞ്ഞു അപ്പൊ ഭാര്യ പറഞ്ഞു ഞാനും കുറച്ച് പൈസ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇത്തിരി അത് പോയിട്ട് നാല് ചട്ടി വാങ്ങിച്ചിട്ട് വരാമെന്ന് വേഗം പോയിട്ട് ചട്ടി വാങ്ങിച്ചിട്ട് വന്നു അപ്പൊ ഭാര്യ ചോദിച്ചു എന്തിനാട് ഈ നാല് ചട്ടിയെന്ന് ചോദിച്ചു ഭർത്താവ് അത് പാല് കേറുക്കാൻ പാല് കറക്കാനോ അതിനെന്തിനാ നാല് ചട്ടി ഒരു ചട്ടി നമുക്ക് ഒരു ചട്ടി വിൽക്കാൻ ശരി ബാക്കി മൂന്നാമത്തത് അത് വീട്ടിലുള്ളവർ കൊണ്ട് കൊടുക്കാൻ ഒട്ടനെ ഭർത്താവിന് ചോദിച്ചു എന്റെ പശുവിന്റെ പാല് എന്റെ അടുത്ത് ചോദിക്കാതെ നീ എന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കോ ഞാൻ കൊടുക്കും കൊടുത്താൽ ഈ സ്ത്രീ പിന്നെ ബഹളായി പൊരിഞ്ഞ ലഹളയായി ചട്ടി ഓരോന്നായി എടുത്ത് എറിയാൻ തുടങ്ങി ബഹള അപ്പൊ അടുത്ത വീട്ടിലുള്ള ഒരാള് വന്നു എന്താണ് ആയിരിക്കും ഇവിടെ എന്റെ പശുവിന്റെ പാല് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും അത്ര അയാൾക്കൊന്നും മനസ്സിലായില്ലേ കാരണം നമ്മുടെ പശു പശു നില ഏത് പാല് എവിടുത്തെ വീട് എവിടെ കൊണ്ടുപോയി കൊടുക്കും അല്ല ഇവിടെ എന്റെ പശുവിന്റെ പാല് എവിടെ പശു എവിടെ ആയിരുന്നു പശു ഞങ്ങള് വാങ്ങിക്കാൻ പോടും ആ സ്ത്രീക്ക് തല്ല് ഭയങ്കര തല്ല് അപ്പൊ ഈ അടുത്ത വീട്ടുകാരനെ ഒരു കോലെടുത്തു എന്നിട്ട് കൊടുത്തു നല്ല തല്ലയാളെ എന്തിനെ തല്ലു എൻറെ പശു എൻറെ തൊടിയിൽ വന്ന് മേഞ്ഞിട്ട് തൊടിയിലുള്ളത് മുഴുവൻ തിന്നിട്ട് പോയിരുന്നു ഇതുപോലെയാണ് ഇമാജിനേഷനിൽ നമുക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതിന്റെ പേര് പറഞ്ഞിട്ടാണ് ലഹളിയും ബഹളവും ശണ്ടയും ആശാപാശതൈർ ബാമക്രോധ പാരായണാഹ വെറുതെ ഭാവനയിൽ പലതും വെച്ചുകൊണ്ട് അല്ലേ നമ്മളുടെ അധ്യാത്മ മണ്ഡലത്തിൽ പോലും വൈഷ്ണവം ശൈവം എന്നൊക്കെ പറഞ്ഞ് ശണ്ട കൂടുന്നുണ്ടല്ലോ വളരെ ബാലിശാണ് കാരണം വിഷ്ണുവിനെയും നമ്മൾ കണ്ടിട്ടില്ല ശിവനെയും നമ്മൾ കണ്ടിട്ടില്ല രണ്ടിനെയും ഉള്ളിൽ വെച്ചുകൊണ്ട് അവൻ വൈഷ്ണവനാണെന്ന് അവനോട് ദേഷ്യം ഇവൻ ശൈവനാണ് ഇവനോട് ദേഷ്യം പലതരത്തിലുള്ള സമ്പ്രദായങ്ങളുടെ പേര് പറഞ്ഞ് പരസ്പരം ദ്വേഷിക്കുക ഒക്കെ ഭാവനയിലാണ് കാമക്രോധം മാത്രം മിച്ചം കാമക്രോധ പാരായണാഹ ഈഹന് കാമഭോഗാർത്ഥം അന്യായേന അർത്ഥസഞ്ചയാൻ അന്യായമായി പണം സമ്പാദിച്ച് തന്റെ ആഗ്രഹങ്ങൾ പൂർത്തി ചെയ്യാൻ എന്തൊക്കെ വഴിയുണ്ട് നോക്കാൻ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാൻ എന്തൊക്കെ വഴിയുണ്ട് അന്യായമായി പണം സമ്പാദിച്ചിട്ട് അങ്ങനെയുള്ള ആൾ എന്താ പറയണതെന്ന് വെച്ചാൽ അങ്ങനെ ചിലപ്പോ കൈക്കൂലിയും മറ്റുമൊക്കെ ആയിട്ട് ധാരാളം ഒരാൾക്ക് കിട്ടിയെന്ന് വെച്ചോളൂ അയാളെ ഭഗവാൻ ഒന്ന് പിക്ചർ ചെയ്യാണ് സാക്ഷാത് ഈശ്വരൻ പല ആളുകളും ലോകത്തിൽ നിന്ന് അടിച്ചു നടക്കുന്ന ഭഗവാനൊന്ന് മോണോ ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് അർജുനന് ഒരു ഏകാംഗ നാടകം ഭഗവാൻ അവതരിപ്പിക്കുകയാണ് നോക്കൂ അടുത്ത ശ്ലോകം നോക്കൂ ഇതമദ്യമയാ ലബ്ധം ഇമം പ്രാപ്സ്യേ ഇതം പ്രാപ്സ്യേ മനോരഥം ഇതമസ്തി മേ ഭവിഷ്യതി പുനർദ്ധനം അസൗ മയാഹ്യേചാനപീശഹമഹം ഭീ സിദ്ഹം ബലവാൻസുഖീ ആഡ്യോഭിജനവാസ് കോന്തി സൃശോ മയാ दास्यामि യക്ഷ്യേ ദാസയാ മോദിഷ്യോനവിമോഹിത അനേകചിത്ത വിഭ്രാത മോഹജാലസമാവു പതകെ അശുചൗ ആത്മസംഭാവിതബാ ധനമാനമദാൻവിതം യജന്ദേമ യൈസ് ദംഭേനവിധിപൂർവകം കൊറേ ശ്ലോകങ്ങള് ഭഗവാൻ ഈ അഭിമാനികളെ ചിത്രീകരിക്കുകയാണ് ആ ആസുരവാസന ഉള്ളിൽ കയറിയവൻ എന്താ പറയണത് എന്ന് വെച്ചാൽ ഇതമദ്യമയാലബ്ധം എനിക്കേ ഇപ്പോ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഈ ഇന്ന ജോലി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലിരുന്ന് പതുക്കെ പതുക്കെ ഇതിനെക്കാളും വലുതും ഞാൻ തരപ്പെടുത്തു ഇതമദ്യമയാലബ്ധം ഇതംപ്രാപ്തിയെ മനോരഥം എന്റെ ഉള്ളിലുള്ള അംബീഷൻ എന്തൊക്കെയാ അറിയോ അതൊന്നും സാധാരണ ലോകത്തിലുള്ളതല്ല ആകാശത്തിലൂടെ പറക്കാനുള്ള അംബീഷനാണ് സങ്കല്പമാണ് എന്തൊക്കെയോ നേടിയെടുക്കാനുള്ള ആഗ്രഹമാണ് അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇതൊക്കെ നേടിയെടുത്തിരിക്കുന്നു ഇനിയിവിടെ ഇരുന്ന് പതുക്കെ പതുക്കെ പതുക്കെ വേണം മുകളിൽ കയറി ഇനി ആരും എത്തിപ്പെടാത്ത സ്ഥലത്ത് ഞാൻ എത്തും ഇതമദ്യമയാലബ്ധം ഇതം പ്രാപ്സിയെ മനോരഥം ഇതമസ്ഥി ഇപ്പൊ എനിക്കിത്രയൊക്കെ ഉണ്ട് വരവ് ചെലവ് കണക്കൊക്കെ നോക്കി ഇത്രയൊക്കെ ഡെപ്പോസിറ്റ് ഇന്നന്ന ബാങ്കിലൊക്കെ ഉണ്ട് ഇതമഭി ഭവിഷ്യതി ധനം ഇനി ഫ്യൂച്ചറില് ഇതിനെ വെച്ചുകൊണ്ട് ഇവിടെ ഇട്ടിട്ട് ഇവിടുന്ന് കുറച്ച് സ്ഥലം വാങ്ങിച്ചു അവിടെ കുറച്ച് വീട് വാങ്ങിച്ചു ഇവിടെ കുറച്ച് ഫ്ളാറ്റ് വാങ്ങിച്ചു പിന്നെ ഇത് വിറ്റിട്ട് അങ്ങനെ ആക്കി ചിലർക്ക് ഇത് പണി റിട്ടയർ ആയിക്കഴിഞ്ഞാൽ ബിസിനസ് ആണോന്ന് പറയും എന്ത് ബിസിനസ്സാ ചോദിക്കാൻ പാടില്ല ഇത് വാങ്ങി വിറ്റു അത് വാങ്ങിക്കൊടുത്തു ഇങ്ങനെ അവിടെ ഇവിടെ എവിടെ എവിടെ തകരമ്പ പണിയാണ് തരങ് എന്ന് പറയും അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു വാങ്ങിച്ചു കൊടുത്തു വിറ്റു അവരാണ് ഭഗവാൻ പറഞ്ഞത് ഇത മസ്തി ഇപ്പൊ എനിക്ക് ഇത്രയൊക്കെ ഉണ്ട് ഇതുമൊപ്പി ഭവിഷ്യതി ധനം ഇനി എനിക്ക് ഇനിയും ധനം ധാരാളം വരും എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ആളാര അപ്പോ ഇത മധ്യമയാ ലബ്ധിമം പ്രാപ്സിയ മനോരഥം അസോമയാ ഹതശത്രു നമ്മളുടെ ബിസിനസിൽ അവൻ കുറുക്കെ വന്നു തട്ടിക്കൊന്നു വന്നു അസൗമയാ ഹതശത്രു എന്റെ മാർഗത്തിൽ ആരും നടുവേ വരാൻ പറ്റില്ല ഞാൻ അപ്പൊ തീർത്തു കളയും അസൗമയാ ഹതശത്രു പാണ്ഡവരെ അരക്കില്ലത്തിലിട്ട് ചുറ്റുകൊള്ളാൻ ശ്രമിച്ചതല്ലേ ദുര്യോധനൻ അല്ലേ ദുര്യോധനൻ അത് കഴിഞ്ഞിട്ടാണ് ഈ ഭഗവാൻ പറഞ്ഞ ലക്ഷണമൊക്കെ ദുര്യോധനില് കാണാം അരക്കില്ലത്തിലിട്ടൊക്കെ ചുട്ട് സന്തോഷമായിതാണ് പുറമേക്ക് കരയുമൊക്കെ ചെയ്ത് അകമേക്ക് പോയി നല്ല പാർട്ടിയൊക്കെ നടത്തിയവരും സന്തോഷമായിട്ട് ശകുനിയും അവരും ഒക്കെ അസൗമയാഹതശത്രു ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് എന്റെ ശത്രുക്കളൊക്കെ പോയി ഇനി ബാക്കി വല്ലതുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചു കൊല്ലണം അനിശ്ചയച്ച അപരാനപി ഇനി എല്ലാ സാമ്രാജ്യവും രാജ്യവും എനിക്ക് പിടിച്ചെടുക്കണം മഹാഭാരതത്തിലെ മങ്കി ഗീത എന്ന് പറഞ്ഞൊരു ഉപാഖ്യാനം വരും ഭീഷ്മര് ഭരണതാണ് ഭീഷ്മരു ഭരണതാണ് മങ്കി എന്ന് പറയുന്ന ഒരു വ്യാപാരി അയാൾക്ക് ഒരു കാളവണ്ടിയുണ്ട് അതിൽ രണ്ട് കാളകളുണ്ട് ആ വണ്ടിയിൽ കുറച്ച് അരിയും കുറച്ച് ഗോതമ്പും അങ്ങനത്തെ കുറെ ധാന്യങ്ങൾ എന്തൊക്കെ ഉണ്ട് ആ ധാന്യങ്ങളും കൊണ്ട് വിൽക്കാനായി കാളയെ ഓടിച്ചു കൊണ്ട് പോവാണ് പോകുമ്പോ ഈ മങ്കി മങ്കി വിചാരിക്കുകയാണ് മങ്കിന്ന് അയാളുടെ പേര് അതായത് കൊരങ്ങനല്ല അയാൾ വിചാരിക്കുകയാണ് ഈ അരിയൊക്കെ വിറ്റാൽ ഈ ധാന്യം വിറ്റാൽ എനിക്ക് കുറച്ച് പണം കിട്ടും ആ പണം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ വ്യാപാരം അങ്ങോട്ട് വിപുലാക്കും അപ്പൊ കുറച്ചുകൂടെ പണം കിട്ടും കുറച്ചുകൂടെ പണം കിട്ടിക്കഴിഞ്ഞാൽ ആ പണം കൊണ്ട് ഞാൻ പതുക്കെ പതുക്കെ രണ്ടു കുതിരകളെ വാങ്ങിക്കും പിന്നെ ആ കുതിരകളെ വെച്ചുകൊണ്ട് പടയാളികൾക്ക് കൊടുക്കും കുറച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ കുറെ പടയാളികളെ ഉണ്ടാക്കും ആ പടയാളികളെ വെച്ചുകൊണ്ട് ചെറിയൊരു സൈന്യം അടുത്തുള്ള ഒരു രാജ് ഒരു ചെറിയ പ്രദേശം പിടിച്ചെടുക്കും എന്നിട്ട് ആ പ്രദേശത്തിന്റെ നാട്ടുരാജാവായിട്ട് ഞാൻ മാറും കുറച്ച് കഴിഞ്ഞാൽ സാമന്ത രാജാക്കന്മാരെ സഹായിക്കാനായിട്ട് എന്നെ അവർ വിളിക്കും ഞാൻ പോകും അവരുടെ കൂടെയൊക്കെ പോയി സഹായിച്ച് കുറെ കഴിയുമ്പോൾ ഞാൻ തന്നെ ഒരു രാജാവായിട്ട് തീരും അത് കഴിയുമ്പോണ്ട് ചക്രവർത്തിയിൽ നിന്നും ഇതാ എനിക്കൊരു സന്ദേശം വരണം ചക്രവർത്തിയെ സഹായിക്കാൻ ഞാൻ പോവും കുറേ കഴിഞ്ഞാൽ തരം കിട്ടുമ്പോൾ ചക്രവർത്തിയെ താഴ്ത്തിയിട്ട് ഞാൻ അവിടെ ഇരിക്കും ഇങ്ങനെ ചക്രവർത്തി പദം വരെ എത്തി വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ് ആ കാളയാണ് ആകെപ്പാടുള്ള സ്വത്ത് അത് വെച്ചിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പോ പോകുന്ന വഴിയിൽ ഒരു ഒട്ടകം കിടക്കുന്നുണ്ട് ഒട്ടകത്തിന് ഇദ്ദേഹം കണ്ടില്ല കാളവണ്ടിയുടെ ആ നുഖം ഒട്ടകത്തിന്റെ പൂഞ്ഞേല് പോയി കുടുങ്ങി ഒട്ടകം അങ്ങോട്ട് എഴുന്നേറ്റം നിന്നും ആ മൂന്ന് കാളയുടെ ഉയരുണ്ട് ഒട്ടകം എഴുന്നേറ്റതും കൂടെ രണ്ട് കാളയും ഇങ്ങനെ കിടക്കുകയാണ് ഈ കാളയും വലിച്ചോണ്ട് വണ്ടിയും പൊക്കിക്കൊണ്ട് ഒട്ടകം നാടിനീള ഓടി നാടനീള ഓടിയെന്ന് മാത്രമല്ല ഒന്നും ഗോതമ്പൂല്ല അരില്ല ഒക്കെ തൂത്ത് പോയി കാള രണ്ടിനും ചത്ത് അങ്ങനെ തൊങ്ങാണ് മങ്കി ചുവട്ടിൽ വീണു പിന്നെ പറയണ്ടല്ലോ അയാള് തറയിൽ ഇരുന്നുകൊണ്ട് ഈ ഒട്ടകം കാളയും വലിച്ചുകൊണ്ട് ഓടണത് കണ്ടുകൊണ്ടിരിക്കുകയാണ് തന്റെ രണ്ട് കാളയും പോയി അപ്പോഴാണ് മങ്കി പറയുന്നത് അഹോ ദൈവബലം ബലം ഈ ഒട്ടകം നടുവിൽ കിടക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ എൻറെ അംബീഷനും എൻറെ എക്സ്പെക്റ്റേഷനും ഒക്കെ ഒട്ടകം എഴുന്നേക്കണത് വരെയുള്ളൂ എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസിലായത് എല്ലാവരുടെ ജീവിതത്തിലും വിജയവും സക്സസും ഞാൻ അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറയാം ഇതുവരെ ഒട്ടക എഴുന്നേക്കണവരെ അതുകൊണ്ട് അവസാനം വങ്കി പറയണു ഒട്ടകമാണ് സത്യം കാണയല്ല ഒട്ടക എഴുന്നേക്കുമ്പോ നമ്മളുടെ ഭാവനകളൊക്കെ തകർന്ന് തരിവണമായിട്ട് പോകും ഒട്ടകമാരാ ഈ വിധിയാണ് ഭീഷ്മരുടെ തന്നെ കഥയാണ് ഭീഷ്മർ തന്നെ പറയണ്ട് ഞാൻ രാജ്യമൊക്കെ വിട്ടുവെങ്കിലും ബ്രഹ്മചാരി ആയെങ്കിലും പുറകെ നിന്ന് രാജ്യം ഓടിക്കാൻ ശ്രമിച്ചു വിചിത്രവീദ്യം ചിത്രാംഗതനേയും വെച്ചുകൊണ്ട് ഭരിക്കാൻ ശ്രമിച്ചു രണ്ടുപേരും മരിച്ചുപോയി പിന്നെ ആ നിയോഗത്തിൽ കാശിയിൽ നിന്നും രാജ്ഞിമാരെ പിടിച്ചോണ്ട് മൂന്ന് രാജകുമാരിമാരെ പിടിച്ചു ഒന്ന് എന്നോട് വല്ലാത്ത വിരോധമായിട്ട് പോയി ബാക്കി രണ്ടുപേരെ വ്യാസനെ കൊണ്ട് നിയോഗം ചെയ്യിപ്പിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാന്ന് വെച്ചാ കണ്ണില്ലാത്തവനും പാണ്ഡുരോഗിയും ജനിച്ചു വിദുരൻ ദാസിയിലും ജനിച്ചു പാണ്ഡുവും മരിച്ചു അവസാനം ധൃവരാഷ്ട്രർക്ക് ഉണ്ടായ കുട്ടികളെ നിയോഗം കൊണ്ട് ഉണ്ടായതൊക്കെ തന്നെ മാംസപിണ്ടം ജനിച്ചു നൂറ്റിക്കണക്കിന് എങ്ങനെയുണ്ടായി എല്ലാം അവസാനിപ്പിച്ച് ഭീഷ്വര അവസാനം ധർമ്മപുത്രർക്ക് മോക്ഷ പർവ്വത്തില് മുക്തിപർവ് മോക്ഷപർവത്തില് ശാന്തിപർവത്തില് മോക്ഷപർവം മോക്ഷപർവത്തില് കുറെ ഉപാഖ്യാനങ്ങൾ വരും ഭാഗവതത്തിലുള്ള ഇരുപത്തിനാല് ഗുരുക്കന്മാരുടെ കഥകളൊക്കെ അവിടെ വരുന്നുണ്ട് വിഷ്മർ പറയുന്നുണ്ട് അതിനോടുകൂടെയാണ് ഈ മങ്കികീതിയും പറയണത് ധർമ്മപുത്രവേ ഇതാണ് ജീവിതം അഭിമാനവും അഹങ്കാരമൊക്കെ ആവാം ദുഃഖത്തന്നെ ഈ ഒട്ടകമെന്ന് പറയുന്ന വിധി തലതൂക്കണവരേ ഉള്ളൂ തലപൊക്കണവരെയുള്ളൂ അസോമയ ഹതശത്രുഹു ഹനിഷേ അപരാനപി എന്ത് വേണമെങ്കിൽ ഞാൻ സാധിക്കും എന്നെ കൊണ്ട് സാധിക്കാത്തത് വല്ലതുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്ര പണം കിട്ടി ഇനി എന്ത് വേണമെങ്കിൽ സാധിക്കും എന്നൊക്കെ ഈശ്വരോഹം അഹംഭോഗി ഞാൻ ഈശ്വര ഈശ്വരനാണ് ഈശ്വരൻ എന്ന് വെച്ചാൽ ദൈവം എന്നുള്ള അർത്ഥത്തിലല്ല ഭരണാധികാരിയാണെന്ന് ഞാൻ വലിയ ഭരണാധികാരിയാണ് എല്ലാവരും ഞാൻ പറയണത് കേൾക്കണം എന്ത് ആരെയും ഭരിക്കാനുള്ള ശക്തിയും സ്വാതന്ത്ര്യവും എനിക്കുണ്ട് ഈശ്വരോഹമഹം ഭോഗി സിദ്ധോഹം ഭഗ സിദ്ധോഹം ബലവാൻ സുഖി ഞാൻ സർവപ്രകര പ്രകാരേണ ച സിദ്ധ അഹം സമ്പന്ന പുത്രൈ നൃഭി നവലം മനുഷ്യൻ സുഖി ഞാൻ എല്ലാവിധത്തിലും സക്സസ്ഫുൾ ആണ് ഇങ്ങനെയൊക്കെ അഭിമാനം ഉള്ളിൽ തോന്നും ആഡ്യോ അഭിജനവാനസ്മി ഞാൻ ആഡ്യ ധനേന ഞാനേ വലിയ ആഡ്യകുലത്തിൽ ജനിച്ചവനാണെന്ന് അറിയില്ലേ കേരളത്തിലെ ആഢ്യത്വം കാണിക്കാതെന്ന് പറയും ഞാൻ എല്ലാം സമൃദ്ധിയുമുള്ള കുലത്തില് ജനിച്ചവനാണ് അഭിജനമാനസ്മി എനിക്ക് ധാരാളം ആളുകളുടെ ബല ഉണ്ട് എന്ത് കാര്യവും എനിക്ക് ചെയ്തു ഇവിടെ ആളുകളുണ്ട് ഞാൻ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല കോന്യോസ്തി സദൃശ്യവുമ എനിക്ക് തുല്യം ഇവിടെ ആരാ ഉള്ളത് ഒരു രണ്ടാമതാളെ കാണിക്കുന്നു നോക്കട്ടെ എന്നെ പോലെ കോന്യോസ്തി സദൃശ്യവുമ മാത്രമല്ല ഞാൻ മോശപ്പെട്ട ആളൊന്നുമല്ല പണം സമ്പാദിച്ച് ഞാൻ എന്താ സ്വാർത്ഥാണോ യക്ഷിയെ ദാസ്യാമി ഭഗവാൻ വിട്ടില്ല മഹാബലിയെ ചിത്രീകരിക്കുന്ന പോലെ ഉണ്ടോ നമുക്ക് കണ്ട മഹാബലിക്ക് ധനമുണ്ട് സമൃദ്ധിയുണ്ട് ഉണ്ട് പക്ഷെ യക്ഷിയെ ദാസ്യാമി ഞാൻ യാഗം ചെയ്യണു എല്ലാവർക്കും കൊടുക്കണു ഇപ്പോഴും വലിയ വലിയ സമ്പത്ത് സമൃദ്ധിയുള്ള ആളുകളൊക്കെ ദാനം ചെയ്യുന്നവരാ പല ആളുകളും ദാനമൊക്കെ ചെയ്യേണ്ട ഒരാൾ അവരെ സ്പെഷ്യൽ ഒരു എമൗണ്ട് സോഷ്യൽ സർവീസിനും ദാനത്തിനും നീക്കിവെക്കുന്നുണ്ട് പക്ഷെ ഭഗവാൻ പറയണത് അതിലും ഒരു അഭിമാനം ഉണ്ടാവുന്നതാണ് യക്ഷിയെ ദാസ്യാമീൻ എന്റെ കയ്യിൽ ധാരാളമുണ്ട് ഞാൻ കൊടുക്കണോ അതിൽ കൊടുക്കുന്നത് അതിന്റെ ഓരോ പൈസയും അക്കൗണ്ടന്റ് ആയിട്ട് കാണുമോ അവർ അവസാനം അതിന്റെയൊക്കെ പേരവർക്ക് എങ്ങനെയെങ്കിലും കിട്ടും മോതിഷിയെ ഞാൻ എനിക്ക് വേണ്ട സുഖമൊക്കെ അനുഭവിക്കുന്നു ധാരാളം കൊടുക്കണമുണ്ട് ഈ കരുണയാണ് കൃഷ്ണന്റെ കൃപയാണോ ഇത് അജ്ഞാന വിമോഹിതാഹ ഇങ്ങനെ അജ്ഞാനം കൊണ്ട് മോഹിതരായിട്ട് അവരാണ് ഈ ലോകത്തിനെ നന്നാക്കണതെന്നും അവരാണ് എല്ലാം യാഗയജ്ഞങ്ങൾ കൊണ്ട് പൂർണ്ണരെന്നും അനേക ചിത്ത മനസ്സ് പല വഴിക്ക് അലഞ്ഞിട്ട് ഡെലൂഡ് വിഭ്രാന്താ മോഹജാല സമാവൃത്താഹ മോഹമെന്ന് പറയുന്ന വലിയ നെറ്റ് വലയ്ക്കുള്ളിൽപ്പെട്ടിട്ട് പ്രസക്താ കാമഭോഗേഷു പതന്തി നരകെ അശുചവൂ അശുചിയായി നരകത്തിൽ ചെന്ന് വീണുപോകുമെന്ന് എന്നുവെച്ചാൽ അവർക്ക് പുറത്തു വരാൻ കഴിയാതെ ചിലപ്പോൾ പെട്ടുപോകുന്നു അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ വിമുക്തമാകണം ഈ മൂന്ന് ബന്ധങ്ങളിൽ നിന്നും കാമം ക്രോധം ലോഭം ഈ മൂന്നും നരകത്തിലുള്ള ദ്വാരമെന്നാണ് ഭഗവാൻ ഇനി പറയാൻ പോണത് ഇത് മൂന്നും രക്ഷപ്പെട്ടാൽ ഒരുത്തൻ മുക്തനാവുന്നു ജ്ഞാനസമ്പന്നനാവുന്നു ജീവൻ മുക്തനാവുന്നു അതിനുള്ള വഴിയാണ് ഭഗവാൻ ഇനി തുറന്നു തരാൻ പോണത് ഈ ഖില അധ്യായത്തിൽ അതാണ് ഈ രണ്ട് അധ്യായവും അധ്യയന പറഞ്ഞു ഖിലങ്ങളാണ് മൂന്നെണ്ണം പതിനാറ് പതിനേഴ് പതിനെട്ട് പതിനഞ്ചോടുകൂടെ ഹിതാശാസ്ത്രത്തിൽ സമഗ്രമായി ഭഗവാൻ പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട് ബാക്കി മൂന്നും വീണ്ടും ഒന്ന് സംഗ്രഹിക്കലാണ് പല അവിടെ ഇവിടെ എടുക്കുകയാണ് അപ്പോൾ ഈ അധ്യായത്തിൽ ബേസിക് ആയിട്ട് പ്രിപ്പറേറ്ററിയാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ പ്രിപ്പയർ പ്രിപയർ ചെയ്യാണ് നമ്മളെ തയ്യാറാക്കുകയാണ് അതിനാണ് തുടർന്ന് നമ്മൾ കാണാം നാളെ രാവിലെ ഏഴ് മണിക്ക് ഗീതായജ്ഞം തുടങ്ങും ഏഴ് മുതൽ ഒമ്പത് മണി വരെ രാവിലെയാണ് നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ആർക്കും വളരെ തടസ്സമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം രാവിലെ സെവൻ ടു നയൻ ആണ് യജ്ഞം ആള് രാവിലെ പൂർത്തിയാവും ആള് രാവിലെയാണ് സമാപനം ആള് വൈകുന്നേരമല്ല രാവിലെ ഏഴുമണിക്ക് ഭഗവത്ഗീത ഒമ്പത് മണി മണിയോടുകൂടെ സമർപ്പിക്കുക സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഫാലാപനം ഭരത് കിരീടം ാശിഷാദഗ്ധപഞ്ചേശു കീടം ശൂലാഹതാരതികൂട്ടം ശുദ്ധമർന്ദുചൂടം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദേവേശംഭോ അംഗേ വിരാജദ് ഭുജംഗം അഭ്രഗംഗാതരാമോത്തമാം ഓടീകുരംഗം സിദ്ധസംസേവിത ശംഭോ മഹാദേവ നിത്യം ചിതൂപം നിന് ശേഷോകേശ വൈരി പ്രതാ കസ്വരാഗേന്ദ്രാപം കൃത്വാസം ഭജേ ദിവ്യസന്മാർഗന്ധു ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദേവേശംഭോ മഹാദേവദ കന്ദർപ്പഘ്നമീശം കാളകോമകേശം കുന്ഭദന്തം സുരേഷൂര്യപ്രകാശം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവ ശംഭോ മഹാദേവദ ശംഭോ ശംഭോ മഹാദേവദേവ ൂതേരുദാരം മന്ദ രാഗേന്ദ്രസാരം മഹാശൌര്യദൂരം സിന്ധൂരൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധു ശിവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവദേേപ്പുനസ്സു സന്തുമയാേ ഭദ്രാണി പശ്യൻ മാ കിഖഭാഗ് ഭവോ മതി ത്വമ തോന്നം മമ കിഞ്ചിതസ്തിയേഷ്ടം കൂരുമാം തഥൈ ം ആത്മനം രമണം ഭ